ൂടി കൃതീയ വലി ആണ് തുടങ്ങുന്നത് അതിൽ നാലഞ്ച് മന്ത്രം ഞാൻ വായിക്ക ഇതിന് ആദ്യ ഭാഗം ഇല്ല വേറെ പുസ്തകം ഉണ്ടോ ഇരിക്കുന്ന പുസ്തകത്തിനെ ആദ്യം ലൈൻ ഇല്ല ृतीव्याण सु गुहां प्रविषो परमी पराे छायात ब्रह्मदी पंचानेचिकेता से अक्षर ब्रह्म यभय आत्मानं आत्माथ विधि ശരീരം രഥമേവു സാരഥിം വിദ്ധി മനഃ പ്രഗ്രഹമേ ചന്ദ്രി ഹയാഹു വിഷയാൻ തീഷോചരാൻ ആത്മേന്ദ്രിമനോയുക്തം मनसा सदा യസ് അയുക്ത മനസ്രി അവശ്യ ദുഷ്ടാത്മാ ഇവ സാരസ്തു വിജ്ഞാനവാൻ യുക്ന മനസാ സേന്ദ്രി വശ്യ സദശ്വാ സാരവിജ്ഞാനവാൻവതി അമനസ്കാശുചി നപ്പോതി സംസാരം ചാധിഗതി സമനസ്കാശുചി സു തത്പദമാഭൂയോ വിജ്ഞാനസാരസ്തു മനഃപ്രഗ്രഹവാര സ്വധ്വന പരമാതിഷണോ പദം ഇന്ദ്രിഭ്യ പരാ ഹ്യർ അത്ഭ്യ മനഃ മനസസ്തു പരാ ബുദ്ധി ുദ്ധേരാത്മാ മഹാൻ പരഹ പുരുഷാന്ന പരം കിഞ്ചിൽ ഇവിടെ കുറെ വിട്ടുപോയിരിക്കട്ടെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്തില്ല ഉം ൃതീയ വലി ആണ് ഒരു ചോദ്യം ഓങ്കാരത്തിലെ അകാരം ഈശ്വരനെ സൂചിപ്പിക്കുന്നു എന്നാണല്ലോ പറഞ്ഞത് പക്ഷെ മാണ്ഡുക്യോപനിഷത്തൻ അകാരം വൈശ്വാനരൻ അഥവാ വിശ്വനാണെന്നല്ലേ സൂചിപ്പിക്കുന്നു മകാരത്തെയാണ് ഈശ്വരൻ അഥവാ പ്രാജ്ഞൻ എന്ന് പറയുന്നത് ഇത് രണ്ടും എങ്ങനെ ശരിയാകും പ്രണവനിരുതി എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട് സംസ്കൃതത്തിൽ അതിന് ഓങ്കാരത്തിന് നൂറ്റിയെട്ട് വ്യാഖ്യാനങ്ങൾ അതിന് ആ കൊടുത്തിട്ടുണ്ട് താണിയോലെ ഗ്രന്ഥമാണ് കാശിയിൽ കാശിയിൽ താമസിച്ചിരുന്ന ഒരു പണ്ഡിതനാണ് ഈ ഗ്രന്ഥം എഴുതിയത് അതായത് കാശിയന് ഗംഗ ഒഴുകുന്നത് ഓങ്കാരത്തിന്റെ ആകൃതിയിൽ നിന്നാണ് അപ്പൊ ഈ കാശിയുടെ തീരത്ത് തപസയിലിരുന്ന ഒരു സന്യാസിങ്കത്തിന് വളരെയധികം ഓങ്കാരം നമ്മൾ സാധാരണ സംസ്കൃതത്തിൽ എഴുതുന്ന ഒരു ലിപിയുണ്ടല്ലോ ഈ ലിപി കൂടാതെ വളരെയധികം ലിപികളും കാരണം അവിടെ ഗംഗ ഒഴുകുന്ന ഒരു പ്രത്യേക ആകൃതിയിലാണ് കാശിയിൽ വന്നിട്ട് പോയിട്ടുള്ളവർക്കറിയാം അപ്പം അത് ഓം എന്ന് പറയുന്ന ഓങ്കാരത്തിന്റെ ഒരു ലിപിന്റെ ആകൃതിയിലാണെന്നും അദ്ദേഹത്തിന്റെ ഒരു തപസിന്റെ ഫലമാണ് എന്ന് പറഞ്ഞ ഓങ്കാരത്തിന്റെ നൂറ്റിയെട്ട് വ്യാഖ്യാനങ്ങൾ അതിനൊരു തത്തുമസി മഹാവാക്യം ത്തിനനുസരിച്ച് ഓംങ്കാരത്തെ വ്യാഖ്യാനിച്ചു അങ്ങനെയാണ് മണ്ഡൂപ്പിപനിഷത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശരിയാണ് അപ്പൊ ഓരോ വിദ്വാന്മാര് ഓരോ തരത്തില് വ്യാഖ്യാനിക്കുന്നു ആ നൂറ്റിയെട്ട് വ്യാഖ്യാനം ഏതെന്ന് എനിക്ക് ഓർമ്മയൊന്നുമില്ല ഞാനതിങ്ങനെ ഒരിക്കൽ കണ്ടു ഓർമ്മ ഒന്നും നല്ല വ്യാഖ്യാനമായി തുറന്നു കാരണം അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് സപ്രമാണോ അക്ഷരാണകാരോസ്മി എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നുണ്ട് ഗീതയില് ഓമിലാദ്യ അക്ഷരമായ ആകാരത്തിന് പരമാത്മാവായിട്ടും ഈശ്വരനേക്കാൾ രണ്ടാമത്താണല്ലോ ജീവൻ അതുകൊണ്ട് ഊ ജീവചകമായിട്ടും എന്ന് പറയുന്നത് ഐക്യവാചകമായിട്ടും അത് ദാക്ഷിണാത്യ സമ്പ്രദായം അനുസരിച്ചാണ് തത്തുമസിയിലെ അസിയെ ഐക്യ അർത്ഥത്തിൽ എടുക്കുന്നു ഔത്തരാഹന്മാർ അതായത് വടക്കേന്ത്യ അവർ വ്യാഖ്യാനിക്കുന്നത് തത്വം അസി തത്വപരമാത്മാവ് ജീവാത്മാവ് അസി ക്രിയാപദമായിട്ട് ആകുന്നു എന്നാണ് പക്ഷെ നമ്മുടെ ഈ ദക്ഷിണ ഭാരതത്തിൽ പ്രചാരമുള്ള ഒരു സമ്പ്രദായത്തിലാണ് ഈ അസി എന്ന് പറഞ്ഞാൽ ഐക്യം എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയൊക്കെ പലതരത്തിൽ ഈ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി നൂറ്റിയെട്ട് വ്യാഖ്യാനങ്ങൾ ഓങ്കാലത്തിൽ അത് രണ്ടു തരത്തിലൊന്ന് തത്വബോധത്തിന് വേണ്ടി പിന്നെ ഉപാസനയ്ക്ക് വേണ്ടിയിട്ട് ഭരണമെന്ന് പറയുന്ന രണ്ടു തരത്തിലും ഉപയോഗിക്കുന്നതാണ് ഒന്ന് ഉപാസനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു ഒന്ന് തത്വ വേണ്ടി ഉപയോഗിക്കുന്നു ആ രണ്ടു തരത്തിലുമായിട്ട് ഇങ്ങനെ വ്യാഖ്യാനം വേണ്ടി ഒരു പുസ്തകമുണ്ട് താളിയോലെ ഗ്രന്ഥമാണ് അപ്പോൾ അതിലിങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഓർമ്മ വന്നത് കൊണ്ട് പറഞ്ഞേ ഉള്ളു അത് ഇങ്ങനെ പറയുന്നുണ്ട് മാഡൂയത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് അത് ഇത്തരം ഇതിനൊക്കെ പല ഒരു അവരവരുടെ യുക്തി ബോധമൊക്കെ അനുസരിച്ച് പലതരത്തിലും വ്യാഖ്യാനിക്കും അതെ ശരി തന്നെയാണ് പ്രാജ്ഞൻ അജ്ഞനും ഒന്നിനെയും ഈശിക്കാത്തവനല്ലേ പക്ഷെ സർവജ്ഞനും സർവീശ്വരനും ആണെന്ന് എന്തിനു പറയൂ അത് ഈ പ്രാജ്ഞനെ സംബന്ധിച്ച് മാത്രമല്ല ഈ രണ്ട് തരത്തിലുള്ള അഭിപ്രായം എല്ലാത്തിനെ കുറിച്ചും പറയും അതായത് ഉപാധിക്കനുസരിച്ച് ആത്മാവിനെ കുറിച്ച് പറയുന്ന സന്ദർഭങ്ങളിലെല്ലാം അതിന് നിരുപാധികമായി അല്ലെങ്കിൽ സാത്വികമായ ഉപാധിയോടുകൂടി താമസമായ ഉപാധിയോടുകൂടി രാജസ്വമായ ഉപാധിയോടു കൂടിയെല്ലാം പലയിടത്തും ചർച്ച ചെയ്യും ഒരിടത്ത് സർവജ്ഞനെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിക്കോളണം അവിടെ സാത്വികമായ ഉപാധിയെ ഓടുകൂടിയ ആത്മചൈതന്യത്തിനെയാണ് സർവജ്ഞനെന്ന് പറയുന്നത് ഒരിടത്ത് ആജ്ഞനെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിക്കോണ അവിടെ താമസ ഉപാധിയോടുകൂടിയിരിക്കുന്ന അതിനെയാണ് അവിടെ വിവക്ഷിക്കുന്നത് അത് വിവക്ഷണ പറയുന്ന സന്ദർഭത്തിൽ പറയുന്ന ആളിന്റെ അല്ലെങ്കിൽ വ്യാഖ്യാതാവിന്റെ വിവക്ഷ അനുസരിച്ചിട്ടാണ് അങ്ങനെ ഒരേ തത്വത്തെ തന്നെ അജ്ഞനെന്നും സർവജ്ഞനെന്നും എല്ലാം പറയുന്നു അപ്പോൾ സർവജ്ഞനെന്ന് പറയുന്നതിന് ഇത് അവിടെ തന്നെ മണ്ഡൂക്യത്തിന്റെ ഭാഷയത്തിൽ ആചാര്യസ്വാമികൾ പറയും സർവവും ബീജാവസ്ഥയിലിരിക്കുന്നു അതിവിടെയും പറയും ഒരു സന്ദർഭത്തിൽ സുഷുപ്തിൽ അല്ലെങ്കിൽ അവ്യാകൃതാവസ്ഥയിൽ സർവവും അവിടെ ബീജാവസ്ഥയിലിരിക്കുകയാണ് അപ്പൊ സർവത്തെയും ബീജാവസ്ഥയിൽ വഹിച്ചുകൊണ്ട് സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ട് സർവജ്ഞൻ എന്ന് പറയാം എല്ലാം അവിടെ ഇരിക്കുന്നുണ്ട് ഒന്ന് പ്രകടമല്ലെന്നെ ഉള്ളു ആർത്ഥത്തിൽ സർവജ്ഞൻ എന്ന് പറയും അതേസമയം ആവരണ സ്വഭാവത്തോടുകൂടി ഇരിക്കുന്നുണ്ട് അതിൽ ഒന്നും പ്രകടമാകാതെ ആവരണ സ്വഭാവത്തോടുകൂടി ഇരിക്കുന്നതുകൊണ്ട് അജ്ഞനെന്നും പറയാം ഇതെല്ലാം വിഭിന്ന സന്ദർഭങ്ങളിൽ പറയും അത് ആ വിവക്ഷയ്ക്ക് അനുസരിച്ചും സന്ദർഭം അനുസരിച്ചും ഈ അർത്ഥങ്ങളെല്ലാം യോജിപ്പിച്ച് മനസ്സിലാക്കണം ഇതിനൊന്നും പരസ്പര വൈരുദ്ധ്യമില്ല സുഷുപ്തി വേദാന്തികളുടെ വാദം എന്താണ് കിടന്നുറങ്ങിയാൽ ജീവനെ ജീവൻ ഈശ്വരനെ പ്രാപിക്കും എന്നാണോ അവർ പറയുന്നത് ഈ സുഷുപ്തി വേദാന്തി എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഒരു വേദാന്തി ഇല്ല പിന്നെ വേദാന്തം എന്ന് പറയുമ്പോൾ അത് വേദാന്തം വേദത്തെ പ്രത്യേകിച്ച് ഉപനിഷത്തുകളെ പ്രമാണമായി സ്വീകരിക്കുന്ന എല്ലാവരും വേദാന്തികളാണ് അത് അദ്വൈതികൾ മാത്രമല്ല വേദാന്തി എന്ന് പറയും നമ്മൾ സാധാരണങ്ങനെ പറയും അദ്വൈതികളും വിശിഷ്ട ബാക്കി എല്ലാവരും വേദാന്തികളാണ് കാരണം വേദാന്തത്തെ പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നു നമ്മൾ സാധാരണ വേദാന്തി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അദ്വൈത അദ്വൈതികളല്ല ദ്വൈതികളും വേദാന്തികളും തന്നെ വേദത്തെ പ്രമാണമായി സ്വീകരിച്ച വേദത്തിന് വിശേഷിച്ച് അതിന്റെ ഉപനിഷത് ഭാഗത്തെ പ്രമാണമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം വേദാന്തികൾ അതിന് ഇവിടെ സുഷക്തിയെ കുറിച്ച് പ്രത്യേകിച്ച് അത് വേദാന്തത്തിന്റെ ഒരു പ്രക്രിയ പ്രത്യേകിച്ച് ഒരു അദ്വൈതികളല്ല അവിടെ വേദാന്തികളെന്നുള്ളതല്ല അദ്വൈതികളെന്നാണ് അപ്പൊ ഈ അദ്വൈതത്തിൽ പല പല തരത്തിലുള്ള പ്രക്രിയകൾ അതായത് വിചാരപദ്ധതികളുണ്ട് അതിനൊന്നാണ് ഒരു സുഷക്തിയിൽ വിദ്യ ഇല്ല എത്തും മറ്റും പറയുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട് അതിപ്പോ ധാരാളം പ്രക്രിയകളുണ്ട് ശങ്കരാചാര്യരുടെ നേരിട്ടുള്ള ശിഷ്യന്മാര് തന്നെ വ്യാഖ്യാനം എഴുതി ഇപ്പോൾ ഭാമതി അതിനെ പിന്തുടരുന്ന വ്യാഖ്യാനങ്ങൾ അത് വേറെയാണ് പത്മവാതാചാര്യളുടെ വ്യാഖ്യാനത്തിൽ അവരുടേതായ ശൈലികൾ വേറെയെന്നുള്ളതല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അദ്വൈതമെന്ന് പറയുന്നത് ഓരോരുത്തർക്കും അവരവരുടെ അദ്വൈതമാണ് അല്ലാതെ എല്ലാവർക്കും കൂടെ ഒരു അദ്വൈതമില്ല കാരണം എന്തുകൊണ്ട് ഇപ്പോ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പറയുന്നു അപ്പൊ ഇതാണ് ശരിയായ അദ്വൈതമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ പറ്റത്തില്ല എനിക്ക് മനസ്സിലായത് ഞാൻ പറയുന്നു കേട്ടോണ്ടിരിക്കുന്നവരും അവരവരുടെ സംസ്കാരവും വാസനയും അനുസരിച്ച് അതിനെ ഉൾക്കൊള്ളുന്നു അപ്പം നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതാണ് നമ്മുടെ അദ്വൈതം അല്ലാതെ എല്ലാവർക്കും കൂടെ ഒരു അദ്വൈതം ഇല്ല അതുകൊണ്ടാണ് ശങ്കരാചാര്യന്റെ ക്ലാസ്സിലിരുന്ന് പഠിച്ച ശിഷ്യന്മാര് തന്നെ അദ്വൈതത്തെ വ്യാഖ്യാനിച്ചപ്പോൾ വേറെ വേറെ രീതിയിൽ വന്നു അത് അദ്വൈതത്തെ സംബന്ധിച്ച് മാത്രമല്ല ഏത് ശാസ്ത്രത്തെ ദ്വീതമായാലും വിഷ്ടാദ്വീതമായാലും ഓരോരുത്തരും ഗുരുക്കന്മാരിൽ നിന്ന് അവരവരുടെ സംസ്കാരമനുസരിച്ചാണ് ഉൾക്കൊള്ളുന്നത് ശ്രീബുദ്ധന്റെ ഉപദേശങ്ങൾ പിന്നെ അതിനുദാഹരണമാണ് അത് തന്നെ ബുദ്ധൻ പറഞ്ഞ ഒരേ ഒരു വാചകം സർവം ക്ഷണികം ക്ഷണികം സുലക്ഷണം സുലക്ഷണം എന്നുളങ്ങുന്ന ഒരു പ്രസിദ്ധമായൊരു വാക്യമുണ്ട് ശ്രീബുദ്ധന്റെ എന്ന് പറയുന്ന ഒരു വാക്യം ഈ ഒരൊറ്റ വാക്യത്തെ ശിഷ്യന്മാർ മനസ്സിലാക്കിയതാണ് ശ്രോത്രാന്തികന്മാര് വൈഭാഷികന്മാര് യോഗാചാരന്മാര് മാധ്യമികന്മാര് പിന്നെ അതിൽ പല ഭേ ഭേദങ്ങളിങ്ങനെയായിട്ട് ഒരുപാട് തിരിഞ്ഞു പ്രധാനമായിട്ട് നാലായിട്ട് തിരിഞ്ഞു അത് ബുദ്ധൻ പറഞ്ഞത് ഒരേ ഒരു വാചകം അതിനെ വ്യാഖ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അത് നാലായിട്ട് തിരിഞ്ഞു അത് നമുക്ക് പ്രത്യക്ഷത്തിൽ പരസ്പര വിരുദ്ധമെന്ന് തോന്നുന്ന പല വാദങ്ങളും ആണ് അവർ പറയുന്നത് ഇതേ രീതി എല്ലാ ശാസ്ത്രങ്ങളിലും ഉണ്ട് ഏത് ശാസ്ത്രം എടുക്കാൻ നമ്മുടെ ആസ്തിക നാസ്തിക ദർശനങ്ങൾ ഏതെടുക്കാൻ അദ്ദേഹത്തിൽ വളരെയധികം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ളത് അത് വളരെ വളരെ പ്രകടമായിട്ടുണ്ട് അപ്പയ്യ ദീക്ഷിതരെന്ന് പറഞ്ഞു നമ്മുടെ ദക്ഷിണേന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു വളരെ പ്രസിദ്ധനായ തമിഴ്നാട് സ്വദേശിയായ ഒരു വിദ്വാനുണ്ടായിരുന്നു അദ്ദേഹം വേദാന്തത്തിന് ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് സിദ്ധാന്തേശ സംഗ്രഹം അപ്പോൾ അതിൽ ഇതുപോലെയുള്ള ധാരാളം പ്രക്രിയകളെ മലയാളത്തിൽ ആ പുസ്തകം സംസ്കൃതത്തിലും ഹിന്ദിയിലും എല്ലാം ഉണ്ട് ധാരാളം അദ്വൈതത്തിൽ വരുന്ന ഓരോരോ വിചാര രീതികൾ അതായത് ഇപ്പോൾ ഓരോ കാര്യത്തിലും ഓരോ ആചാര്യന്മാർക്കും അവരവരുടേതായ അഭിപ്രായങ്ങളുണ്ട് മുക്തി എന്താണ് ജ്ഞാനം എന്നാലതെന്താണ് എങ്ങനെ മുക്തി ഉണ്ടാകുന്നു ജ്ഞാനത്തിനും മുക്തിക്കും തമ്മിലുള്ള ബന്ധം മുക്തിയുടെ സ്വരൂപം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിർവചിക്കുമ്പോൾ അവരവരുടെ ശൈലിയിൽ നിർവചിക്കും അത് സ്വാഭാവികമാണ് നമ്മൾ ഉൾക്കൊള്ളുന്നതിൽ നമുക്ക് പറയാൻ പറ്റും അതുകൊണ്ട് ഈ സുഷു യെ കുറിച്ചൊരു പ്രത്യേക തരത്തിൽ പറയുന്ന ഒരു ചിന്താഗതി അദ്ദേഹത്തിലുണ്ട് അതിന് മറ്റ് പ്രക്രിയകൾ പോലെയുള്ള അതിന് പ്രത്യേകിച്ചൊരു മഹത്വം ഒന്നും പറയാനില്ല മറ്റ് പലതരത്തിലുള്ള ചിന്താഗതികൾ പോലെ ഭാമതി പ്രസ്ഥാനം വിവരണ പ്രസ്ഥാനം വാർത്തക ഇങ്ങനെയൊക്കെ പല പ്രസ്ഥാനങ്ങളിലുള്ളതിൽ വാർത്തക പ്രസ്ഥാനത്തിന് പ്രാധാന്യം കൊടുത്ത് കാലത്ത് രൂപപ്പെട്ടു വന്ന ഈ സുഷുതിയിൽ അജ്ഞാനം എന്നും പറയുന്ന ഒരു വാദം അത് കർണാടക സ്വദേശിയായ ഒരു സച്ചിദാനന്ദ സച്ചിദാനന്ദേന്ദ്ര സമയം അദ്ദേഹമാണ് അതിന് പ്രചാരം കൊടുത്തത് അത് ബാംഗ്ലൂർ സ്കൂൾ ഓഫ് വേദാന്ത എന്ന പേരിൽ അത് അത് പ്രചാരം നേടിയിട്ടുള്ളതാണ് അത് പഠിപ്പിക്കുന്ന ഇതുമൊക്കെ കർണാടക ദേശത്തുണ്ട് പുസ്തകങ്ങളൊന്നും സംസ്കൃതത്തിലല്ല ധാരാളം ഉണ്ട് ഇംഗ്ലീഷിലും ഉണ്ട് അത് കൂടുതൽ വേണമെങ്കിൽ അത്തരം ബുക്കുകളൊക്കെ വായിച്ച് മനസ്സിലാക്കുക ഇതെല്ലാം കൂടെ വായിച്ച് പിന്നെ സംഗതി ബുദ്ധിയെ കെടുത്തി കൺഫ്യൂഷൻ ഉണ്ടാക്കരുത് അതും വായിച്ചു കഴിഞ്ഞാൽ പിന്നെ സംശയം തോന്നും അതാണോ ഇതാണോ എന്നുള്ളത് ഇതൊക്കെ ഒരു സമന്വയാത്മകമായി മനസ്സിലാക്കുന്നതാണ് നല്ലത് കൂടുതൽ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആശയക്കുഴപ്പം വരും കാരണം പിന്നെ പരസ്പര വിരുദ്ധമെന്ന് തോന്നും ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ പിന്നെ ഏതെങ്കിലും ഒരു പക്ഷത്തിൽ പിടിക്കും അത് ശരി ബാക്കിയുള്ള എല്ലാം തെറ്റെന്ന് തോന്നും അങ്ങനെയൊക്കെയുള്ള ചില കാർക്കശ്യങ്ങളിലും വാശികളിലൊക്കെ പെട്ട് ഈ വഴി തന്നെ തെറ്റിപ്പോയ പലരും എനിക്ക് നല്ല പരിചയമുണ്ട് അതുകൊണ്ട് അബദ്ധങ്ങളൊന്നും ചെന്ന് ചാടരുത് ഇങ്ങനെയൊക്കെ പല പ്രക്രിയകളുണ്ട് അതിലൊന്നേ ഉള്ളൂ അത് അതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എന്നാണ് അതുകൊണ്ട് ഈ സുഷുതി വാദം അത് താല്പര്യമുണ്ടെങ്കിൽ വായിച്ച് നോക്കുക പക്ഷെ ബാലൻസ് തെറ്റിപ്പോരുത് അങ്ങനെ വേണം വായിക്കേണ്ടത് കിടന്നുറങ്ങിയാൽ ജീവൻ ഈശ്വരനെ പ്രാപിക്കും എന്നാണ് അവർ പറയുന്നത് ഉറങ്ങുന്ന സമയത്ത് ജീവൻ ഈശ്വരനെ പ്രാപിക്കുന്നു എന്ന് പറയുന്നത് ശങ്കരാചാര്യ തന്നെയാണ് പറയുന്നത് അത് ഭാഷ്യങ്ങളിൽ പല ഭാഗത്തും അത് സ്പഷ്ടമായി പറയുന്നുണ്ട് ജീവൻ സർവോപാധിവിനിർമുക്തനായി അത് മാണ്ഡുക്യോ വൻശത്തിന്റെ ഭാഷ്യത്തിൽ വരുന്നുണ്ട് ചാന്തോകൃത്തിന്റെ ഭാഷ്യത്തിൽ വരുന്നുണ്ട് സിംഹവൂവ വ്യാഘ്രോവ മശകോവ എന്ന് പറയുന്ന മന്ത്രത്തിന്റെ വ്യാഖ്യാനത്ത് പറയുന്നുണ്ട് ബ്രഹധാരണയ വൻഷത്തിന്റെ ഭാഷ്യത്തിൽ പറയുന്നുണ്ട് പല സന്ദർഭങ്ങളിലും പറയുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഒരു വാദക്കാരുടെ അഭിപ്രായമല്ല സുഷുതിയിൽ ജീവൻ സർവോപാധി മിർമുക്തനായി ആ പരമാത്മ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നത് അത് അദ്വൈതത്തിന്റെ ഒരു പ്രധാനമായ സിദ്ധാന്തമാണ് സർവ്വോപാധികളും നശിച്ച് ഈശ്വര സ്വരൂപിയായി സ്ഥിതി ചെയ്യുന്നു അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് തോന്നും അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് മുക്തനാകുന്നില്ല എന്നാണ് അപ്പോ അത് സുഷുപ്തിയിൽ മാത്രമല്ല ജാഗ്രതത്തിലും ഈശ്വരൻ ഈ ജീവൻ ഈശ്വര സ്വരൂപിയായി സ്ഥിതി ചെയ്യുകയാണ് സുഷുതിയിൽ മാത്രമല്ല സുഷുപ്തി ഒരു ദൃഷ്ടാന്തമായിട്ട് അവിടെ എടുത്തു കാണിക്കുന്നതാണ് ജാഗ്രതത്തിലും അദ്വൈതമതമനുസരിച്ച് ജീവൻ ഈശ്വര സ്വരൂപിയായി തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പറയുന്നത് എന്താണ് ആ ജീവൻ നിത്യമുക്തനെന്നാണ് ജാഗ്രത സ്വപ്നം സുഷുതി ഈ ഭേദങ്ങളെല്ലാം ഈ കല്പിതമാണ് ജീവൻ ഒരിക്കലും ബന്ധനത്തിലായിട്ടില്ല അതുകൊണ്ട് വിശേഷിച്ച് മുക്തനായേണ്ട കാര്യമില്ല ഇതൊക്കെ അദ്വൈതത്തിന്റെ പരമമായ സിദ്ധാന്തങ്ങളാണ് അപ്പോൾ ബന്ധമില്ല മോശമില്ല നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഗുരുവില്ല ശിഷ്യനില്ല ഇതാണ് പരമാർത്ഥം എന്ന് പറയുന്നുണ്ടത് അപ്പോൾ പരമമായ തത്വം അത് തന്നെയാണ് പക്ഷെ മായ കൊണ്ട് അജ്ഞാനം കൊണ്ട് ആ പരമായ തത്വത്തെ വിസ്മരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അത് പരമായ തത്വത്തെ അറിയുന്നില്ല അത് മായ കൊണ്ടങ്ങനെ സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് ജീവൻ സുഷുതിയിൽ ഈശ്വരസ്വരൂപിയെ സ്ഥിതി പറയുന്നത് പോലെ പരമാർത്ഥമാണ് ജീവൻ ജാഗ്രത്തിലും ആ ഈശ്വര സ്വരൂപിയായി അവസ്ഥ അതീതനായി സ്ഥിതി ചെയ്യുന്നു എന്നെല്ലാം പറയുന്നത് ആണ് അദ്വൈതം അതുകൊണ്ടതിന് പ്രത്യേകിച്ച് വിശേഷതയൊന്നുമില്ല സുഷുത്തിയെ ദൃഷ്ടാന്തമായി പ്രത്യേകിച്ച് എടുത്ത് പറയും നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് എന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് ജീവൻ നിത്യമുക്തനെന്നാണ് ആത്മാവിനെ കുറിച്ച് പറയുന്നിടത്തെല്ലാം പറയുന്നത് എന്താണ് അത് നിത്യമുക്തനാണ് എന്ന് പറയുമ്പോൾ ആ പറയുന്നതിനെ അതിന്റെ പൂർണതയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തുകൊണ്ടാണ് പിന്നീടവിടെ ബന്ധത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും സാധനയെക്കുറിച്ചും എല്ലാം ചർച്ച ചെയ്യുന്നു മറ്റു പറഞ്ഞാൽ തത്വമസി എന്ന് പറയുമ്പോൾ ഈശ്വരബോധം നമുക്കുണ്ടാകാത്തതുകൊണ്ടാണ് പിന്നെ അവിടെ ജഹൽലക്ഷണ ജഹൽലക്ഷണ ജഹൽ ജഹൽലക്ഷണ എന്നെല്ലാം പറഞ്ഞു പിന്നെ ലക്ഷണങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു പിന്നീടവിടെ അവസ്ഥാത്രയത്തെക്കുറിച്ചും പ്രാജ്ഞൻ വൈശ്വാനൻ വിശ്വൻ തൈജസ് എന്നെല്ലാം പറഞ്ഞു നമ്മളൊരുപാട് ഒരു പ്രപഞ്ചത്തിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന് കൊണ്ട് ഒരു വാക്യത്തിൽ നിന്ന് ബോധമുണ്ടാകാത്തതുകൊണ്ട് അതിനുള്ള സംസ്കാരം ജീവന്റെ ഉള്ളിലില്ല വാസനകളെല്ലാം അതിന് തടസ്സമായി നിൽക്കുന്നു വാക്യശ്രവണം കൊണ്ട് അജ്ഞാനം മാറുന്നില്ല അപ്പോൾ നാനാശാസ്ത്രങ്ങളും അനേക ഗുരുക്കന്മാരും ഒരുപാട് കാര്യങ്ങൾ വരുന്നു അത് ആ ജീവന് ശ്രോതാവിന് അതിനുള്ള യോഗ്യതയില്ലാത്തതുകൊണ്ടാണ് പരമാർത്ഥല്ലാത്ത കൊണ്ടല്ല അതുകൊണ്ട് ഉറക്കത്തിൽ ജീവൻ ഈശ്വര സ്വരൂപ യേശ്വതി എന്ന് പറയുന്നത് അദ്വൈതസമ്മതമാണ് എല്ലാവർക്കും സമ്മതമായിട്ടുള്ള കാര്യമാണ് ഒത്തിരിഷ്ടത ജാഗ്രത പ്രാപ്തി വരാൻ നിബോധത അതിന്റെ വ്യാഖ്യാനമാണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത് അത് നമ്മളിവിടെ തന്നെ പഠിക്കുന്നതാണ് കടോപംശത്തിൽ തന്നെ ചർച്ച ചെയ്യുന്നതാണ് ഇതിനെ തന്നെ മന്ത്രമാണ് അവിടെ അത് അടുത്തൊരു ചോദ്യം വന്നിരിക്കുന്നത് മാണ്ഡുക്യകാരികയിൽ ഓങ്കാരോപാസൻ വിശ്വനെ തൈജസനും തൈജസനെ പ്രാജ്ഞനും വിളയിപ്പിക്കുവാൻ പറയുന്നുണ്ടല്ലോ പക്ഷെ ഉറങ്ങുവാൻ പോകുമ്പോൾ ഒരു ആലംബനവും ഈ പ്രക്രിയ നമ്മൾ സ്വാഭാവികമായും ചെയ്യുന്നുണ്ടല്ലോ ഓങ്കാരോപാസനയുടെ പ്രക്രിയ എന്താണെന്ന് സ്പഷ്ടമാക്കി തരാം ഓങ്കാരോപാസന എന്ന് പറയുന്നത് ആചാര്യസ്വാമികളുടെ പ്രണവബോധം പോലെയുള്ള കൃതികളിൽ ഈ ഓങ്കാരോപാസനയെക്കുറിച്ച് അതിന് സുരേശ്വര ആചാര്യസ്വാമികളുടെ വിശദമായ വാർത്തകം വ്യാഖ്യാനങ്ങളെല്ലാം ഉണ്ട് അതിലെല്ലാം ഈ ഓങ്കാരോപാസനയെക്കുറിച്ച് മാത്രം മാണ്ഡൂപ്പി ഉപനിഷത്തിന്റെ അടിസ്ഥാനത്ത് വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ രീതി തന്നെയാണ് അത് പ്രത്യേകമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു ക്ലാസിന്റെ ഭാഗമായി ചർച്ച ചെയ്യേണ്ടതല്ല അകാരമകാരങ്ങളെ വിലയിപ്പിക്കുക അല്ല ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇപ്പോ ഇവിടെ പറയുന്നത് സഹജമായി ഇത് നടക്കുന്നുണ്ടെന്നാണ് സഹജമായി നടക്കുന്ന കാര്യമല്ല ഉപാസന എന്ന് പറയുന്നത് അത് മനസ്സിന്റെ ഭാവനയാണ് ഉപാസന എന്ന് പറയുന്നതിന് കൃത്രിമമാണ് സഹജമാണ് ജ്ഞാനും സഹജമാണ് ഉപാസന കൃത്രിമമാണ് അതായത് നമ്മൾ മനസ്സുകൊണ്ട് ഭാവന ചെയ്യുന്നിടത്താണ് ഉപാസന എന്ന് പറയുന്നത് അവിടെ നമ്മുടെ ഇച്ഛാശക്തി വേണം മനസ്സിന്റെ സ്ഥൈര്യം വേണം മനസ്സിന്റെ സൂക്ഷ്മത വേണം മനസ്സിന്റെ ഏകാഗ്രത വേണം ആ പ്രക്രിയയെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള ജ്ഞാനവും വേണം അറിവും വേണം നമ്മൾ ബാഹ്യാർജിതമായ അറിവ് ഗുരുവിൽ നിന്നോ ശാസ്ത്രത്തിൽ നിന്നോ ഒരറിവ് സമ്പാദിച്ച് ആ അറിവിന്റെ ഭാവന തുടർന്ന് ചെയ്യുക നമ്മൾ ഗുരുവിൽ നിന്ന് കേൾക്കുന്നു വിശ്വതൈസ്വപ്രാജ്ഞന്മാരെ കുറിച്ചും അകാര ഉകാര മകാരങ്ങളെക്കുറിച്ചും ഇന്ന ശബ്ദം ഇന്ന തത്വത്തിന്റെ പ്രതീകമാണ് ഇന്ന ഒരു ശബ്ദത്തെ മറ്റൊന്ന് ലയിപ്പിക്കണം അതൊരു നിങ്ങളുടെ ഭാവനാ പദ്ധതിയാണത് അത് കേട്ടതിന് ശേഷം നമ്മളതിനെ ശരിയായി ധരിച്ച് മനസ്സിലുറപ്പിച്ചിട്ട് ഏകാഗ്രമായിരെന്ന് ആ പറഞ്ഞതിന് സ്മരിക്കുന്നു സ്മരിച്ചുകൊണ്ട് ദൃഢമായി ഭാവന ചെയ്യുന്നു അതാണ് ഓങ്കാര ഉപാസനയെ കുറിച്ച് പറയുന്നത് അപ്പൊ സാധാരണ നമ്മുടെ ഈ അദ്വൈതസമ്പ്രദായം അനുസരിച്ച് അദ്വൈതസന്യാസമ്പ്രദായം അനുസരിച്ചും അദ്വൈത സന്യാസ സമ്പ്രദായം അനുസരിച്ച് സന്യാസം സ്വീകരിക്കുന്നവരെല്ലാം വിവിധ സന്യാസമാണ് സ്വീകരിക്കുന്നത് അതായത് ഈ തത്വത്തെ അറിയുന്നതിന് വേണ്ടി സന്യാസ സ്വീകരിക്കുന്നു വിവിധിഷ വേദിതം ഇച്ഛ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങൾ ഈശ്വരബോധം ഉണ്ടാകുന്നതിന് വേണ്ടി സന്യാസി സ്വീകരിക്കുന്നു അങ്ങനെ സന്യാസി സ്വീകരിക്കുമ്പോൾ എല്ലാവരും ഉപാസനക്ക് അധികാരികളെന്നാണ് വായ്പ നമ്മൾ വേദാന്തമൊക്കെ പ്രസംഗിക്കുന്നുണ്ട് പക്ഷെ ഈ പ്രസംഗിക്കുന്ന കാര്യത്തിനൊന്നും ഈ പറയുന്നവന് അധികാരിയല്ലെന്നാണ് പിന്നെ അധികാരിയായിരിക്കുന്നത് ഉപാസനക്കാണ് അത് എന്തുപാസന പ്രണവ ഉപാസന അതുകൊണ്ട് പൊതുവെ എല്ലാവരെയും ഇതിൽ ഒരു മന്ദാധികാരികളായിട്ടാണ് കൽപ്പിച്ചിരിക്കുന്നത് ഉത്തമാധികാരികളായിട്ട് ആരും കല്പിച്ചിട്ടില്ല ഉത്തമാധികാരികളായിട്ട് സുഖബ്രഹ്മർഷി പോലെയൊക്കെ ഉള്ളവരെ കല്പിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളവരെല്ലാം മൂക്ഷുക്കൾ മന്ദാധികാരികളാണ് അപ്പം അവർക്ക് പൊതുവെ നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ ഉപാസനകളും പ്രണവോപാസനയും മറ്റുമൊക്കെയാണ് തത്വജ്ഞാനവും മറ്റുമൊക്കെ അവർ ദൃഢതയ്ക്ക് വേണ്ടി അതിനുവേണ്ടി മനസ്സിൻ്റെ ഒരു ഇതിനു വേണ്ടി ഒരു തത്വബോധം സാമാന്യമായി പരോക്ഷമായ ഒരു ജ്ഞാനം ഉണ്ടാകുന്നതിനു വേണ്ടിയൊക്കെ അതിനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും മുഖ്യമായിട്ട് അവിടെ ഉപാസനയാണ് നിർദ്ദേശിക്കുന്നത് അത് പ്രണവോപാസന ഓങ്കാരോപാസന അതുകൊണ്ട് സാധാരണ ഈ സമ്പ്രദായത്തിൽ ശങ്കരപരമ്പരയില് പ്രണവോപാസനയുടെ ആണ് സാധാരണ ഗുരുക്കന്മാര് ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത് പ്രണവോപാസനയാണ് ഓരോ സമ്പ്രദായങ്ങളിൽ അതാത് ഗുരുക്കന്മാരെ നിശ്ചയിക്കുന്ന ഉപാസനകളാണ് എന്നാലും അതിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞ അത് ഇതാണ് പ്രണവോപാസനയാണ് പറയുന്ന രീതിയിലാണ് ഈ മണ്ഡുത്യപൻഷത്തിലും മറ്റും പറയുന്ന രീതിയിൽ അത് അഭ്യസിക്കാനാണ് പറയുന്നത് അതിനും പറ്റാത്തവർക്ക് പ്രണവ ജപം പറയും ആ ഉപാസനയ്ക്ക് പറ്റാത്തവർക്ക് ഈ ഉപാസനയും ജപവും തമ്മിൽ വ്യത്യാസമുണ്ട് ജപവും പറയുമ്പോൾ വളരെ ശ്രദ്ധാഭക്തിയോടുകൂടി മന്ത്രം അങ്ങ് ജപിച്ചാൽ മതി നമ്മുടെ ഭാവന ആവശ്യമില്ല ഈ പറയുന്ന പ്രത്യേകിച്ചൊരു ഉപാസന രീതി നമ്മൾ അഭ്യസിച്ച് പിന്നെ അത് അനുഷ്ഠിക്കേണ്ട ആവശ്യം വരുന്നില്ല ഈ പറയുന്ന രീതിയിൽ പറഞ്ഞല്ലോ അകാരത്തിനെ ഉപകാരത്തിൽ ലയിപ്പിക്കണം അത് അകാര ഉപകാരത്തിൽ ലയിക്കുന്നതായിട്ട് അവിടെ ഭാവന ചെയ്യുകയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി അങ്ങ് ജപിച്ചാൽ മതി പക്ഷേ ഉപാസനയ്ക്ക് എങ്ങനെയല്ല ഉപാസനയ്ക്ക് വേണ്ടിയിട്ട് അത് പ്രത്യേകം പഠിപ്പിക്കുന്നു എന്ന് തന്നെ പറയാം ഇങ്ങനെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അയാളുടെ മനസ്സിൽ അതിനെ ഉറപ്പിച്ച് എന്നിട്ട് അയാളെ കൊണ്ടത് ചെയ്യിപ്പിക്കുന്നു ഇങ്ങനെ ഇതെല്ലാം അങ്ങോട്ട് വിലയിപ്പിക്കുന്നതായിട്ടും മറ്റും ചെയ്യിച്ച് ഭാവന ചെയ്ത് ഭാവനയിലൂടെ സമാധി എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തിച്ചേരണം എന്നാണ് ഗുരു നിർദ്ദേശിക്കുന്നത് ശിഷ്യനത് അഭ്യസിച്ച് എത്തിച്ചേരണം എന്നാണ് ഇനി ഒരാൾക്കങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കുന്നതിന് കഴിവില്ല അവരുടെ മനസ്സുറയ്ക്കുന്നില്ല ദീർഘസമയം ഇങ്ങനെ ക്രമികമായി ഭാവന ചെയ്യാൻ കഴിയുന്നില്ല എന്നൊന്നു കഴിഞ്ഞാൽ പറയും ജപിച്ചോളാൻ പറയും മാത്രം അതൊരു നൂറ്റിയെട്ട് തവണയോ ആയിരത്തി തവണയോ ഓം ിക്കാൻ പറയും അപ്പോൾ ഇതൊരു സാമ്പ്രദായികമായ അദ്വൈത സമ്പ്രദായത്തിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു ഉപാസന രീതിയാണ് ഈ ഓങ്കാര ഉപാസനയെ അത് ഏകദേശമല്ല നമ്മളീ ഗ്രന്ഥങ്ങളിൽ വായിക്കുന്നത് തന്നെയാണ് അതൊന്നുകൂടി ഒരു ഗുരു ശിഷ്യന് പറഞ്ഞു ഉറപ്പിക്കുന്നു എന്നുള്ളതേ വേറെ രഹസ്യങ്ങളൊന്നുമില്ല പിന്നെ ഈ അദ്വൈത പരമ്പരയിൽപ്പെട്ട സന്യാസിമാര് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ധാരാളം ബുക്കുകളൊക്കെ എഴുതിയും പലതരത്തില് ഉള്ള ഉപാസന സമ്പ്രദായങ്ങളവര് രൂപീകരിച്ചിട്ടുമുണ്ട് ഈ ഉപാസനാരീതി ശങ്കരാചാര്യര് ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു എന്നാണ് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് ശങ്കരാചാര്യര് പ്രമബോധവും മറ്റുമെഴുതി എന്നാണ് ഈ സമ്പ്രദായത്തിലുള്ള വിശ്വാസം അത് ഇവിടെ പറയുന്നത് ഉറങ്ങാൻ പോകുമ്പോൾ സഹജമായി വരുന്നു എന്നാണ് ഈ ഭാവന അല്ലെങ്കിൽ ഉപാസന സഹജമായി വരുന്നില്ല ഉറങ്ങാൻ പോകുമ്പോൾ ജാതരത്തിലെ ഈ പ്രവർത്തനങ്ങളെല്ലാം വിട്ട് മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം അവിടെ വിലയിച്ച് എല്ലാം വിലയിച്ച് ഒരു ആവരണത്തിൽ ജീവൻ ഉറങ്ങുന്നു അത്രയേ ഉള്ളൂ അത് സഹജമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് അത് ഉപാസന ഉപാസന അവിടെ സംഭവിക്കുന്നില്ല അല്ലെങ്കിൽ ഈ വിലയിപ്പിക്കുന്ന പരിപാടികളൊന്നും അവിടെ സംഭവിക്കുന്നില്ല സ്വാഭാവികമായും എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് അതൊന്നും നമുക്ക് അറിയാനും കഴിയില്ല ഉറങ്ങും പോയത് രീതിയിലാണ് ഉറങ്ങുന്നത് അകാര ഉപകാരത്തിൽ ലയിക്കുന്നോ അതൊന്നും നമുക്ക് ചിന്തിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും കഴിയുന്നില്ല അവിടെ അകാര ഉപകാരങ്ങളൊന്നുമില്ല എല്ലാം വിസ്മരിക്കുന്നു അത്രമാത്രം അത് സഹജമായ ഒരു രീതിയാണ് അപ്പോൾ ഓങ്കാരോപാസനയെ കുറിച്ച് നമുക്ക് പിന്നീട് ഏകലൊരവസരത്തിൽ അത് അല്ലെങ്കിൽ ആ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതേ ഉള്ളൂ പ്രസവം വായിച്ചു നോക്കുക കൂടുതലും മനസ്സിലാക്കുന്നതിന് മണ്ഡു ഉപനിഷത്തിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും ആ കാര്യം വിശദമായി മനസ്സിലാക്കാവുന്നതേയുള്ളൂ അടുത്ത നമ്മൾ തൃതീയ വലിയിലേക്കാണ് കിടക്കുന്നത് അതിന്റെ ആമുഖമായിട്ട് ഭാഷ്യകാരൻ രണ്ടു മൂന്ന് വരികൾ എഴുതിയിട്ടുണ്ട് ഈ രണ്ടാമത്തെ വല്ലയും മൂന്നാമത്തെ വലിയ തമ്മിലുള്ള ബന്ധം ബന്ധത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് അത് ഭാഷയാണ് ഞാൻ വായിക്കുന്നത് വ്രതം പിബന്ധ ഇത്യസ്യാഹ വല്യാഹ സംബന്ധ എന്നാണ് അവിടെ തുടങ്ങുന്നത് വ്രതം പിബന്ധ ഈ അടുത്ത് പറയാൻ പോകുന്ന മന്ത്രം ഇത്യസ്യാഹ വല്യാഹ ഈ വല്യയുടെ സംബന്ധം അതായത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഈ മന്ത്രവും പൂർവ്വമന്ത്രങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് വിശദീകരിക്കാൻ പോകുന്നതാണ് അതടുത്ത് വിശദീകരിക്കുക വിദ്യ അവിദ്യഫലേ ഇത് ഉപന്യസ്തേ വിദ്യയും അവിദ്യയും വിരുദ്ധ ഫലേ വിരുദ്ധമായ ഫലത്തോടു കൂടിയതാണ് ഇത് ഉപന്യസ്തേ നിർദ്ദിഷ്ട എന്ന് നിർദ്ദേശിച്ചു മന്ത്രത്തിന് നിർദ്ദേശിച്ചു നേരത്തെ വന്ന ഭാഗത്തെ സൂചിപ്പിക്കാൻ പഞ്ചകയസിന് ഉപദേശിച്ച് തുടങ്ങുമ്പോൾ അവിടെ യമദേവൻ പറഞ്ഞ മന്ത്രങ്ങളാണിത് വിദ്യയും അവിദ്യയും വിരുദ്ധ ഫലങ്ങളോടുകൂടിയതാണ് അവിടെ ഭാഷയത്തിൽ പറഞ്ഞ് ഒന്ന് സംസാരഫലത്തെ കൊടുക്കുന്നു കൊടുക്കുന്നു എന്ന് പറഞ്ഞു അവിടെ അവിദ്യ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വ്യവഹാരമണ്ഡലം അല്ലെങ്കിൽ പ്രവൃത്തി മണ്ഡലം മനോ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും ചെയ്യുന്ന സർവ പ്രവർത്തനങ്ങളും അവിദ്യാമണ്ഡലമായിട്ടാണ് ഇവിടെ അദ്വൈതികൾ പറയുന്നത് വിദ്യ എന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ മാർഗം അതിനെ തന്നെ രണ്ടായിട്ട് വിശദീകരിക്കുന്നു ഒന്ന് പ്രവൃത്തി മാർഗം മറ്റൊന്ന് നിവൃത്തി മാർഗം വിശദീകരിക്കുന്നു ശങ്കരാചാര്യരുടെ കൃത്യമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സന്യാസം മറ്റൊന്ന് ഗർഹസ്ഥ്യം അങ്ങനെയാണ് ഈ വിദ്യയും അവിദ്യയും ശങ്കരാചാര്യര് അത് വിരുദ്ധമായ ഫലത്തോടു കൂടിയതാണ് ഒന്ന് സംസാരഫലത്തെ ഉണ്ടാക്കുന്നു സംസാരഫലമെന്ന് പറയുമ്പോൾ ബ്രഹ്മലോക പ്രാപ്തി വരെയാണ് ഫലങ്ങളെല്ലാം സംസാരഫലമാണ് എന്ന് പറയുന്നു മറ്റൊന്ന് മോക്ഷഫലത്തെ ഈ ജന്മത്തിൽ തന്നെ ജ്ഞാനം സമ്പാദിച്ച് മുക്തനായി തീരുക ഇതാണ് വിരുദ്ധ ഫലങ്ങളെന്ന് പറയുന്നത് പരസ്പര വിരുദ്ധം സംസാരത്തിന് ഹേതു സംസാരമാണ് ഫലം മറ്റൊന്ന് മോക്ഷത്തിന് ഹേതു നതു സഫലവത് നിർണീതേ അത് ശരിയായ രീതിയിൽ അവിടെ നിർണയിച്ചില്ല എന്താണ് അതിന്റെ ഫലങ്ങൾ എങ്ങനെയത് ഭിന്ന ഭിന്ന ഫലങ്ങളെ കൊടുക്കുന്ന ഈ രണ്ട് മാർഗങ്ങൾ സന്യാസ സമ്പ്രദായവും ഗർഹസ്ഥ സമ്പ്രദായവും അത് സഫലമായി ഫലത്തോടുകൂടി യഥാവത് ശരിയായ രീതിയിൽ ന നിർണ്ണയിതേ നിർണയിച്ചില്ല ശരിക്കും ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നാണ് മുൻഭാഗങ്ങൾ അപ്പൊ ഈ രണ്ട് നിവൃത്തി മാർഗത്തെയും പ്രവൃത്തി മാർഗത്തെയും ശരിയായ രീതിയിൽ മുമ്പ് ചർച്ച ചെയ്തില്ല എന്നാണ് ഫലസഹിതമായി ചർച്ച ചെയ്തില്ല എന്നാണ് അതിനെക്കുറിച്ചൊന്ന് പരാമർശിച്ചതേ ഉള്ളൂ ർഥ രഥകല്പനർണയാർഥ അത് നിർണയിക്കുന്നതിന് വേണ്ടിയാണ് രഥ രൂപകൽപ്പന രൂപകം എന്ന് പറയുന്ന അലങ്കാരത്തിലൂടെ ഇതിനെ വിശദീകരിക്കുകയാണ് അതാണ് രഥ രൂപകൽപ്പന എന്ന് പറയുന്നത് ശരിക്കും ഒരു രഥമായിട്ട് തന്നെ ഈ ജീവനെ കൽപ്പിച്ചുകൊണ്ട് ജീവൻ ശരീരം ഇന്ദ്രിയങ്ങൾ മനസ്സ് ഇതിനെല്ലാം ഒരു രഥമായിട്ട് തന്നെ കൽപ്പിച്ചുകൊണ്ട് ഈ തത്വത്തെവിടെ വിശദീകരിക്കുകയാണ് ഈ ഭാഗം വളരെ പ്രസിദ്ധമാണ് ഈ കഠോപനിഷത്തിലെ രഥ രൂപകൽപ്പന മറ്റ് ഉപനിഷത് ഭാഗങ്ങളിൽ വരുന്നുണ്ട് തഥാച പ്രതിപത്തി സൗകര്യം പ്രതിപത്തി ജ്ഞാനം എന്നും പ്രതിപത്തിക്ക് ഉപാസന എന്നും വർദ്ധമുണ്ട് ഇവിടെ രണ്ട് അടുക ഈ രൂപകൽപ്പന ജ്ഞാനത്തിനും ഉപാസനയ്ക്കും രണ്ടിനും തത്വബോധത്തിനും ഭാവനയ്ക്കും രണ്ടിനും ഉപകരിക്കുന്നതാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ ഭാഗം ഒന്നാണ് അതായത് ആചാര്യസ്വാമിയുടെ അഭിപ്രായം അനുസരിച്ച് ഈ ഉപനിഷത്തുകളിൽ നേരിട്ട് തത്വത്തെ പ്രതിപാദിക്കാത്ത എല്ലാ വാക്യങ്ങളും ഉപാസനപരങ്ങളാണ് നേരിട്ട് തത്വത്തെ പ്രതിപാദിക്കുക എന്ന് പറഞ്ഞാൽ തത്വമസി അയമാത്മാ ബ്രഹ്മ സർവം ഖലിതം ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ ആനന്ദം ബ്രഹ്മ ഇങ്ങനെ പറയുന്ന കുറെ വാക്യങ്ങളുണ്ട് അത് സാക്ഷാത് പരമാത്മ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്ന വാക്യങ്ങളാണ് അങ്ങനെയുള്ള വാക്യങ്ങൾ ഒഴികെ വരുന്ന വാക്യങ്ങളെല്ലാം തന്നെ ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ് അതായത് നമ്മൾക്ക് ഭാവന ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേവലമായ ഭാവനയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇതും ഈ പറയുന്ന ഭാഗം ഭാവന ചെയ്യുന്നതിന് ഉപകരിക്കും എന്ന് വെച്ചാൽ ഉപാസനയ്ക്ക് ഉപകരിക്കും എന്താണോ ഇവിടെ വർണ്ണിക്കുന്നതിന് അതേപടി ഭാവന ചെയ്യുക ഉപാസന ഭാവന ധ്യാനം എന്നൊക്കെ പറയുന്ന ഒന്ന് അല്ല ഇതേ കാര്യങ്ങളെ തന്നെ ഈ ഉപാസനവാക്യങ്ങളെ തന്നെ മനനത്തിന് ഉപകരിക്കാം മനനം ചെയ്യുന്നതിന് വിചാരം ചെയ്യുന്നതിന് ഊഹാപോഹങ്ങളിലൂടെ വിചാരം ചെയ്യുന്നതിന് അനുകൂല പ്രതികൂലമായ രീതിയിൽ ചിന്തിക്കുന്നതിന് അതായത് തത്വത്തിന് വിരുദ്ധമായി വരുന്ന ഭാഗങ്ങളെല്ലാം നീക്കി തത്വത്തിന് അനുകൂലമായ രീതിയിൽ ചിന്തിച്ചു പോകുന്നതിനും സഹായിക്കും അതുകൊണ്ടാണ് പ്രതിപത്തിക്ക് രണ്ടർത്ഥം എടുക്കുന്നത് ചില സന്ദർഭങ്ങളിൽ പ്രതിപത്തിക്ക് ഉപാസന എന്നുള്ള അർത്ഥം കൊടുക്കും ചില സന്ദർഭങ്ങളിൽ പ്രതിപത്തിക്ക് ജ്ഞാനം എന്നുള്ള അർത്ഥം എടുക്കും പൊതുവെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അവലംബിക്കുന്നത് ഉപാസനയുടെ മാർഗമാണ് ജ്ഞാനത്തിന്റെ മാർഗമല്ല ഇവിടെ പറയൂ വിവേ ചൂടാമണിയിലെ മറ്റും നമ്മൾ പഠിക്കുന്നത് ഊഹാപോഹ വിചക്ഷണ എന്ന് പറയുന്നത് അവിടെ ഒരു വിചക്ഷണനെ കുറിച്ച് പറയുന്നു ഈ വിചക്ഷണന്മാർക്ക് മാത്രമേ ഊഹാപോഹ വിചക്ഷണന്മാർക്ക് ഈ ശരിയായിട്ട് വിചാരമാർഗത്തിൽ സഞ്ചരിക്കാൻ പറ്റൂ അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഉപാസനാ മാർഗ്ഗമാണ് പിന്തുടരുന്നത് കാരണം പറയുന്ന കാര്യത്തെ കേട്ട് അതുപടി തന്നെ ചെയ്യുക അത്രേ ഉപാസനയും ചെയ്യാനുള്ളൂ ധ്യാനത്തിൽ ഭാവനയും ചെയ്യാനുള്ളൂ മറ്റങ്ങനെയല്ല അവിടെ ഇവിടെ പറയുന്നുണ്ടല്ലോ സാധന വഞ്ചകത്തിനും മറ്റും ശ്രുതിമത തർക്ക അനുസന്ധീയത ശ്രുതി അനുകൂലമായ തർക്കത്തെയും മറ്റും സ്വീകരിച്ച് അങ്ങനെ ഒരു ചെറിയൊരു ബുദ്ധി വ്യായാമമൊക്കെ നടത്തുന്ന രീതിയാണ് മനനത്തിന്റെ മാർഗം അപ്പോ അത് രണ്ടും ഈ ഒരേ കാര്യത്തിൽ തന്നെ രണ്ടും നടക്കും ചില ഉപാസനാഭാഗങ്ങളെ തത്വസമ്പാദനത്തിനുള്ള മനന ഉപായങ്ങളായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് ചിലത് കേവലം ഉപാസനയ്ക്ക് വേണ്ടി മാത്രം ഈ രഥ രൂപകൽപ്പന എന്ന് പറയുന്നത് രണ്ടിനും പെടുന്നതാണ് അത് വിചാരത്തിനും ഉപകരിക്കുന്നു കേവലമായ ഭാവന അല്ലെങ്കിൽ ധ്യാനത്തിനും ഉപകരിക്കുന്നു ചാന് വിപനിഷത്തിനും മറ്റും വായിക്കുമ്പോൾ നമുക്കറിയാം ആദ്യ ഭാഗങ്ങളിൽ അതായത് ആറാം അധ്യായത്തിന് മുമ്പ് വരുന്ന ഭാഗങ്ങളെല്ലാം ധാരാളം മന്ത്രങ്ങളിൽ ഒരുപാട് കഥകളും ഓരോ സംഭവങ്ങളും എല്ലാം പറയും അപ്പോൾ ഈ പറയുന്ന ഭാഗങ്ങളെല്ലാം ഉപാസനക്ക് വേണ്ടിയിട്ടുള്ളതായിട്ടാണ് ഭാഷകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞതാണ് ആ സമയം അത് കഴിഞ്ഞ് നമ്മൾ ആറാം അധ്യായത്തിലേക്ക് ഇളങ്ങുമ്പോൾ അവിടെ തത്തുമസിമറ്റ് ഉപദേശിക്കുന്നു ആ ഉപദേശിക്കുന്ന ഭാവം വരുമ്പോൾ അവിടെ പറയാതെ തത്വ ജ്ഞാന സമ്പാദനത്തിന് വേണ്ടിയിട്ടാണ് വിചാരത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറയും അതുപോലെ ഇവിടെ ഇത് രണ്ട് തരത്തിലും ഇത് ഉപകരിക്കും അപ്പൊ ഇത് നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് ചോദിക്കും ഇതെങ്ങനെയാ പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പിന്നീട് ചോദിക്കും ഇത് ഉപാസനയാണ് അല്ലെങ്കിൽ ഇത് ജ്ഞാനമാണെന്നൊക്കെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഇത് ഈ അദ്വൈത സമ്പ്രദായത്തിൽ നമ്മളിത് സാമ്പ്രദായകമായിട്ട് നമ്മൾ ഗ്രഹിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആചാര്യന്മാർ പറഞ്ഞു തരുന്നതാണ് ഇങ്ങനെ എല്ലാം പുസ്തകത്തിൽ ഇന്ന ഭാഗത്തെല്ലാം എഴുതി വെച്ചിട്ടില്ല വ്യാഖ്യാനങ്ങളിൽ ചിലടത്ത് കാണും പറയാത്ത ഭാഗങ്ങളിലും ആചാര്യന്മാർ പറഞ്ഞുതരും ഇത് ഇങ്ങനെയാണ് ഇത് ഉപാസന ആക്കി വേണ്ടിയിട്ടുള്ളതാണ് ഇത് ജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ഈ പരമ്പരയായിട്ട് പറഞ്ഞ് പഠിപ്പിച്ചും വരുന്ന രീതി അതനുസരിച്ചാണ് ഞാൻ പറഞ്ഞത് യാണ് എന്ന് പറഞ്ഞാൽ പ്രാപിക്കുന്നവൻ പ്രാപ്യം എന്ന് വെച്ചാൽ പ്രാപിക്കേണ്ടത് പ്രാപിക്കത്തക്കത് ഗ്രാ ഗന്ധാവ് ഗമിക്കുന്നവൻ ഗാന്ധവ്യം എത്തിച്ചേരേണ്ടട രണ്ടും ഈ രണ്ട് ശബ്ദങ്ങളും പ്രാപ്തൃ പ്രാപ്യം ഗന്ധ്ര ഗാന്ധവ്യം ഇത് രണ്ടും ഗമിക്കുക ഗമന അർത്ഥത്തിലുള്ള രണ്ട് ധാതുക്കളുടെ രൂപങ്ങളാണ് പൊതുവെ ഒരു നിയമമുണ്ട് ഗമനാർത്ഥാനാം ജ്ഞാനാർത്ഥത്വം ഗമനാർത്ഥത്തിലുള്ള ധാതുക്കൾ ഉപയോഗിച്ചാൽ അതിന് ജ്ഞാനാർത്ഥമുണ്ട് ജ്ഞാനം എന്നുള്ള അർത്ഥമുണ്ട് അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഗച്ഛതി എന്ന് നമ്മൾ പറയുന്നത് സംസ്കാരത്തിൽ ഗമിക്കുന്നു പോകുന്നു എന്നാണ് ആ ഗമധാതുവന് അറിയുന്നു എന്നുള്ള അർത്ഥമുണ്ട് എവിടെ വേണോ അർത്ഥം സ്വീകരിക്കുക അതുകൊണ്ടാണ് നമ്മൾ അവഗച്ഛതി അവഗഛാമി എന്ന് പറഞ്ഞാൽ അറിയുന്ന അവജാനാദി എന്ന് പറയുന്ന അർത്ഥമാണ് അവഗച്ഛാമി എന്ന് പറഞ്ഞു അപ്പൊ ഈ ഗമധാതുവിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട് ആ അർത്ഥത്തെ അതിന്റെ ദ്യോതകമായിട്ടാണ് അവിടെ അവ എന്ന് പറയുന്ന ഉപസർഗം ചേർക്കുന്നത് അവഗച്ഛതി അവ എന്ന് പറയുന്ന ഉപസർഗമാണ് ഉപസർഗം ധാത്വർത്ഥത്തെ ദോദിപ്പിക്കുന്നതാണ് അപ്പം ധാതുവിനുള്ള നേരത്തെ തന്നെ ഒരു അർത്ഥമുണ്ടങ്ങാൻ ഗമു ധാതുവിന് അറിയുന്നു എന്നുള്ള അർത്ഥമുണ്ട് അർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഉപസർഗത്തെ അതിന്റെ മുമ്പ് ചേർക്കുന്നതാണ് അവ ഇതൊരു ഭാഷാ നിയമമാണ് പൊതുവായിട്ടുള്ള അതിൻ്റെ കൂടെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അറിയുക പ്രാപിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അറിയേണ്ടത് ഗമിക്കുക എന്ന് പറഞ്ഞാൽ അതേ അർത്ഥം കൊടുക്കുക അറിയുക ഗമിക്കേണ്ടത് അറിയേണ്ടത് ഈ രണ്ടർത്ഥം കൊടുക്കുക അപ്പം ഇതിന് ഒരേ അർത്ഥമാണെങ്കിൽ പിന്നെ പ്രാപ്തൃ പ്രാപ്യ ഗന്ധൃ ഗന്ധവ്യ എന്ന് പറഞ്ഞതിന് വേണ്ടിയിട്ട് അതായത് ഗമനം പ്രാപിക്കുക എന്ന് പറയുന്നത് ഉപാസനയിലേ ഉള്ളൂ ജ്ഞാനത്തിലില്ല എന്നാണ് ഉപാസകൻ എന്ത് ചെയ്യുന്നു സഞ്ചരിക്കുന്നു പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇപ്പോൾ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നതിന് വേണ്ടി ഒരാൾ ഉപാസന അനുഷ്ഠിക്കുന്നു അപ്പോൾ അയാളും മരണശേഷം അയാളുടെ ശരീരത്തിൽ നിന്നും ജീവൻ വേറിട്ട് നമ്മൾ പറയുമല്ലോ മൂർധാവിലൂടെയും മറ്റും ആ ജീവൻ പുറപ്പെട്ട് നേരെ വഴികളൊക്കെ പറയുന്നുണ്ട് ഉത്തരായണ മാർഗം ദക്ഷിണായണ മാർഗം എന്നൊക്കെ പറയുന്നുണ്ട് അതിനാ ഉത്തരായണ മാർഗത്തിലൂടെ സഞ്ചരിച്ച് ബ്രഹ്മലോകത്ത് എത്തിച്ചേരുന്നു അതാണ് ഉപാസകന് പ്രാപിക്കാവുന്ന പരമമായ സ്ഥാനം ഇപ്പോൾ ഉപാസന ഉപാസകന് ആ ജീവന് ഗമനമുണ്ട് ഇതെല്ലാം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഓർക്കുന്നുണ്ടാവും എന്നറിയില്ല അതേസമയം തത്വ ഞാനിയെ സംബന്ധിച്ചിടത്തോളം പ്രാണൻ പിന്നെ ഇറങ്ങിപ്പോകുന്നില്ല മൂർധാവ് പൊട്ടുന്നില്ല മൂർധാവിലൂടെ ഒന്നും പ്രാണൻ വീണ് സഞ്ചരിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇവിടെ തന്നെ ആ പ്രാണൻ വിലയിക്കുന്നു അതിനെ കാണിക്കാൻ വേണ്ടിട്ടാണ് ഗന്ധൃ ഗന്ധവ്യം എന്ന് പറയുന്നത് ആരാണ് പ്രാപിക്കുന്നത് അയാൾ എവിടെ എത്തിച്ചേരുന്നു ആരാണ് അറിയുന്നത് അവൻ എന്തറിയുന്നു ഇത് വിവേചിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് എന്നാണ് അതിന്റെ ഒരു വ്യാഖ്യാനം ആരാണ് സഞ്ചരിക്കുന്നത് അത് ഉപാസകൻ എവിടെയാണ് അയാൾ എത്തിച്ചേരേണ്ടത് ബ്രഹ്മലോകം വരെ ആരാണ് അറിയുന്നത് അത് തത്വജ്ഞാനി എവിടെയാണ് അയാൾ എത്തിച്ചേരുന്നത് സ്വസ്വരൂപത്തിൽ മറ്റൊരു ലോകത്തിലെത്തിച്ചേരുന്നില്ല അയാൾ പരമാത്മ സാക്ഷാത്കാരം എന്ന് പറയുന്നത് സ്വരൂപ സാക്ഷാത്കാരമാണ് അവിടെ എത്തിച്ചേരുന്നത് അപ്പം ഇതെല്ലാം വേർതിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി വിശദീകരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉപാസന എന്താണ് തത്വജ്ഞാനം ഉപാസനയിൽ എന്താണ് ജീവൻ സംഭവിക്കുന്നത് ആ ഉപാസനയിലൂടെ ഫലമായിട്ട് അയാൾക്ക് എന്ത് കിട്ടുന്നു തത്വജ്ഞാനത്തിൽ എന്താണ് സംഭവിക്കുന്നത് അതിന്റെ ഫലമായ അയാൾക്ക് മുക്തി എങ്ങനെ വരുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടി അതിൽ തന്നെ പരോക്ഷമായി വരുന്ന അറിവെന്താണ് അപരോക്ഷമായി വരുന്ന അനുഭൂതി അതെന്താണ് ഇതെല്ലാം വിവേചിച്ചറിയുന്നതിന് വേണ്ടി ഇതെല്ലാം ഇതിലൂടെ അറിയാൻ പറ്റും രഥരൂപകദ്വാര അതിനുവേണ്ടിട്ട് ശ്രുതി നിർദ്ദേശിക്കുന്ന ഒരു മാർഗമാണ് ഈ രഥ രൂപകം രഥകല്പന അതിനുവേണ്ടി ഇവിടെ ഇവിടെ ആത്മാവിന് രണ്ടായിട്ട് തുടക്കത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉപന്യസ്യത നിർദ്ദേശിക്കുന്നു ശ്രുതി രണ്ടായിട്ടെന്ന് പറയുന്നത് ൃതം പി പ്രയോഗിച്ചിരിക്കുകയാണ് പിബന്ധ പിബൻ പിബന്ത രണ്ടുപേരെ കാണിക്കുകയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന അദ്വൈതം അപ്പൊ അദ്വൈതത്തിൽ അങ്ങനെ രണ്ടു വന്നു പിബന്ധു എന്ന് ദിവയനെങ്ങനെ പ്രയോഗിച്ചു അതിന് വേണ്ടിയിട്ടു പറയുകയാണ് ഇതിട് അദ്വൈതം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ദ്വൈതത്തിനെതിരായ ഒരു സമ്പ്രദായമല്ല മറിച്ച് ദ്വൈതത്തെ ഉൾക്കൊള്ളുന്ന ഒരു സമ്പ്രദായമാണ് ദ്വൈതത്തെ ഉൾക്കൊള്ളുന്നതാണ് സാധാരണ ധരിച്ചു വെച്ചിരിക്കുന്നവർ ദ്വൈതത്തിന് നിഷേധിക്കുന്നതല്ല മറിച്ച് ദ്വൈതത്തെ അത് ഉൾക്കൊള്ളുകയാണ് അപ്പോൾ ഉൾക്കൊള്ളുമ്പോൾ അതിന് ഫലത്തിൽ അത് നിഷേധമായി തീരും എങ്ങനെ നമ്മളൊന്നിനെ സ്വാംശീകരിച്ച് അതില്ലാതാകുന്നവർ എന്നർത്ഥം അഗ്നി സ്വാംശീകരിക്കുന്നു പറഞ്ഞാൽ ഒരു തരത്തിലാ വിറകില്ലാതെയാകുന്നു പക്ഷെ അതിനെന്ത് ചെയ്യുന്നു തന്നിൽ തന്നെ അതിനെ സ്വാംശീകരിക്കുന്നു അത് വിറകിനെ അത് മാറ്റുകയാണ് അപ്പോൾ അല്ലെങ്കിൽ നിഷേധത്തെ നമ്മൾ ആ രീതി മനസ്സിലാക്കണം അപ്പോ അപ്പോഴാ നിഷേധത്തിന്റെ പൂർണ്ണത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് അദ്വൈതത്തിലാണ് ഉപാസനകളുള്ളത് അപ്പോൾ ഉപാസനകളൊന്നും ഒരുക്കുന്നു അദ്വൈതത്തിന് എതിരെ നമ്മൾ സാധാരണ ധരിച്ചിരിക്കുന്ന പോലെ മറിച്ച് എന്താണ് അദ്വൈതത്തെ അദ്വൈതം അതിനെ ഉൾക്കൊള്ളുന്നു അദ്വൈതം അതിൽ എല്ലാത്തിനെയും അന്തർഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്ന് പറയുന്നത് എനിക്കെതിരായ ഒരു കാര്യമല്ല ഉപാസന എന്ന് പറയുന്നു ഉപാസന അതിൽ അന്തർഭവിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണല്ലോ ശ്രുതി അതിനെയും നിർദ്ദേശിക്കുന്നു രണ്ടിനെയും നിർദ്ദേശിക്കുന്നു ആത്മാവ് രണ്ടെന്ന് പറഞ്ഞാലും ആത്മാവ് ഒന്നു പറഞ്ഞാലും ശ്രുതിയെ സംബന്ധിച്ചിടത്തോളം ശരിയെന്നെ എന്നർത്ഥം ഓരോ തലത്തിൽ നിന്നുകൊണ്ട് പറയുന്നു ഇവിടെ രണ്ടു ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത് ഇനി ഓരനെ കുറിച്ച് പറയും രണ്ടും തമ്മിൽ നമ്മൾ ധരിക്കുന്നതുപോലെ അല്ലെങ്കിൽ ധരിച്ചതുപോലെയുള്ള വ്യത്യാസങ്ങളൊന്നും ഇല്ല ഒന്നിന്റെ പൂരകമായിട്ട് മറ്റൊന്നിനെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ അതാണ് പരമാർത്ഥം അതുകൊണ്ട് പറയുന്നത് ദൌ ആത്മാനവും രണ്ടാത്മാക്കളിവിടെ നിർദ്ദേശിക്കുന്നുണ്ട് എന്ന സാധാരണ അദ്വൈത പ്രസംഗങ്ങൾ എഴുതുമ്പോൾ നമുക്ക് തോന്നിയിരുന്നു കടുത്ത വിരോധം കടുത്ത ശത്രുതയിലുള്ള രണ്ട് കാര്യങ്ങളാണ് എന്ന് തോന്നുന്നു ഒരിക്കലുമല്ല കാരണം ഈ ഉപാസന മാർഗങ്ങളെല്ലാം ദ്വൈതത്തെ അവലംബിച്ചാണ് അദ്വൈതത്തെ അവലംബിച്ചൊരു ഉപാസനയില്ല പക്ഷേ ഈ ഉപാസന മാർഗങ്ങളെല്ലാം ഉപദേശിച്ചിരിക്കുന്നതും നിർദ്ദേശിച്ചിരിക്കുന്നത് അതിനെല്ലാം പ്രചരിപ്പിച്ചിരിക്കുന്ന എല്ലാ അദ്വൈതികൾ തന്നെ അദ്വൈത ശാസ്ത്രത്തിനും തന്നെ അതുകൊണ്ട് ഇത് രണ്ടും തമ്മിൽ വിരോധമില്ല അതുകൊണ്ട് പറയും തന്നെ രണ്ടിനെയും പറയുന്നു പക്ഷെ മുന്നോട്ട് മുന്നോട്ട് ചൊല്ലുമ്പോൾ ഈ ദ്വൈതമെല്ലാം അതിൽ അന്തർഭവിച്ചു എങ്ങനെയാണോ അഗ്നിയിൽ വിറകിച്ചു എന്നതുപോലെ അദ്വൈതം കേവലമായി നിലനിൽക്കും എന്നുള്ളതേയുള്ളൂ അത് പരസ്പര വിരോധം കൊണ്ടല്ല ഒന്നും മറ്റൊന്നിന് ഏകീകരിക്കുന്നുകൊണ്ടാണ് ഇനി ആ മന്ത്രത്തെ വ്യാഖ്യാനിക്കുകയാണ് ഭാഷകാരൻ അടുത്ത് ഇതുവരെ പറഞ്ഞതിന്റെ ആമുഖമായിട്ട് പറഞ്ഞതാണ് ഋതം പറയുന്നു സത്യം അവശ്യം ഭാവിത്വാ കർമ്മഫലം റതം എന്ന് പറയുന്നതിന്റെ മുഖ്യമായ അർത്ഥം സത്യം എന്നാണ് പക്ഷെ ഇവിടെ ഋതമെന്ന് പറയുന്നതിന് കർമ്മഫലമെന്നാണ് അർത്ഥം വൃതം പിബന്ധവും എന്ന് പറയുന്ന ഈ മന്ത്രത്തിൽ വൃതമെന്ന് പറയുന്നതിന് കർമ്മഫലം എന്നിങ്ങനെ അർത്ഥം വരുന്നത് വ്രതമെന്ന് പറയുന്നതിന് സത്യം എന്നുള്ള അർത്ഥം ഉള്ളത് കൊണ്ടാണ് വ്രതത്തിന് ഭാഷ്യകാരൻ പറഞ്ഞത് ഭാഷ്യകാരൻ അർത്ഥം പറയുമ്പോൾ വളരെ നിഷ്കർഷ അതിനുണ്ടായിരിക്കും വെറുതെ തന്റെ ഭാവനയ്ക്ക് അനുസരിച്ച് അർത്ഥമൊന്നും പറയത്തില്ല വൃതമെന്ന് പറയുന്ന ശബ്ദത്തിന് സത്യം എന്നുള്ള ഒരു അർത്ഥമുണ്ടെങ്കിൽ ഈ സന്ദർഭത്തിൽ അതിന് കർമ്മഫലം എന്നുള്ള അർത്ഥം അവശ്യം ഭാവിത്തുവാൻ കർമ്മഫലം എന്ന് പറയുന്ന അവശ്യം ഭാവിയാണ് അതൊരു സത്യമാണ് അഴിവില്ലാത്തൊരു സത്യമാണ് കർമ്മഫലം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഒരു കർമ്മം ചെയ്താൽ അതിനവശ്യമായും ഫലമുണ്ടായിരിക്കും ഫലമുണ്ടാകാതെ ഒരു കർമ്മം ഒടുങ്ങത്തില്ല എന്നുള്ളതാണ് ഇതൊരു പ്രാപഞ്ചിക സത്യമാണ് അല്ലെങ്കിൽ ഇതിന് വ്യാവഹാരികമായ സത്യം എന്ന് പറയാൻ പാരമാർത്ഥികമല്ല പാരമാർത്ഥികമായി ഈശ്വരൻ മാത്രമേ ഉള്ളൂ അത് വിസ്മരിച്ചിട്ടല്ല ഇവിടെ ഭാഷകാരൻ പറയുന്നത് പക്ഷെ വ്യാവഹാരികമായ ഒരു സത്യം ഈ പ്രപഞ്ച നിയമം ഈശ്വരീയമായ നിയമത്തിൽ ഉള്ള ഒരു സത്യം ഇതാണ് ഒരു കർമ്മം തീർച്ചയായിട്ടും ഫലത്തെ ഉണ്ടാക്കും ഫലത്തെ ഉണ്ടാക്കാതെ ഒരു കർമ്മം അവസാനിക്കത്തില്ല എന്നതാണ് അപ്പൊ അതൊരു പരമമായ സത്യമാണെങ്കിൽ വൃതത്തിന് കർമ്മഫലം എന്ന് അർത്ഥം പറയാം അതുകൊണ്ട് വൃതം എന്ന് പറയുന്ന ശബ്ദത്തിനിടെ കർമ്മഫലം എന്നുള്ള അർത്ഥം പറഞ്ഞു കർമ്മഫലം പിബന്ത ആ കർമ്മഫലത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു കർമ്മഫലത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിനൊന്നുകൂടെ വിശദീകരിക്കുകയാണ് ഏക തത്ര കർമ്മഫലം പിപതി ഒരുവൻ ഏക തത്ര ഇവിടെ ഈ ലോകത്തിൽ കർമ്മഫലം വിപതി കർമ്മഫലം അനുഭവിക്കുന്നുപതി ഭൂത്തി അനുഭവിക്കുന്നു നൈത്തര അന്യനത് അനുഭവിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരേ ഈശ്വരൻ തന്നെ ജീവഭാവത്തിലിരുന്നു കൊണ്ട് കർമ്മഫലത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതേ ഈശ്വരൻ തന്നെ സ്വസ്വരൂപത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് കർമ്മത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു ഒരാളെ അനുഭവിക്കുന്നുള്ളു ഒരാളെ അനുഭവിക്കുന്നുള്ളൂ എങ്കിൽ പിബന്തു എന്ന് ദിവജനം അതിനുപയോഗിച്ചു ജീവനും ഈശ്വരനും അനുഭവിക്കുന്നു നമുക്ക് തോന്നിപ്പോകുമല്ലോ അത് പറയുന്നു തഥാവ അത് സാധാരണ നമ്മൾ സംഭാഷണത്തിലെല്ലാം പറയാറുണ്ട് അതിനാണ് ഛത്രിന്യായോ എന്നൂടെ പറഞ്ഞത് ഛത്രം എന്ന് പറഞ്ഞാൽ കൊട ഛത്രി എന്ന് പറഞ്ഞാൽ കുട പിടിച്ചവൻ കുടയും ചൂടി നടക്കുന്നവന് ഛത്രി എന്ന് പറയും അപ്പൊ ഛത്രി ന്യായം എന്ന് പറയുന്ന ഇതാണ് ഒരു കുറേയധികം ആൾക്കാർ പോകുന്നു അതിൽ കുറച്ചുപേരുടെ കയ്യിൽ കുടയുണ്ട് കുറച്ചുപേരുടെ കയ്യിൽ കുടയില്ല അപ്പോൾ ആ സമൂഹത്തെ നോക്കി അതിൽ നിന്ന് മാറിയിരുന്ന പറയുന്നത് കുറച്ച് കുടചൂടി ആൾക്കാർ പോകുന്നു എന്ന് പറയുന്നു അപ്പൊ കുട ചൂടി ആൾക്കാർ പോകുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരുടെ കയ്യിലും കുടയില്ല കുടയില്ലാത്തവരെയും കൂടെ ചേർത്ത് കുട ചൂടി ആൾക്കാരെന്ന് പറയുന്നു അതിനർത്ഥം കുടയില്ലാത്തവരും കുട ചൂടുന്നു എന്നല്ല കുറച്ചുപേരേ ഉള്ളൂ പക്ഷെ ഒരു സമൂഹത്തെ അങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ ഇതിനാണ് ഛത്രി എന്ന് പറയുന്നത് അതായത് ചെയ്യാത്തവരെയും കൂടി ചേർത്ത് ചെയ്യുന്നു എന്ന് പറയുന്നു ഛത്രി ന്യായം അപ്പൊ ആ ഛത്രി ന്യായം പറയുകയാണ് കർമ്മഫലം അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു എന്തുകൊണ്ടങ്ങനെ പറയുന്നു ഈ ശരീരത്തിന്റെ ഉള്ളിൽ ആ പരമാത്മാവ് തന്നെ ജീവഭാവത്തിലിരുന്നു കർമ്മഫലത്തെ അനുഭവിക്കുന്നു അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതേസമയം അതേ സ്ഥാനത്ത് അതേ കാലത്ത് അതേ ദേശത്ത് അതായത് ഈ ശരീരത്തിൽ തന്നെ ആ പരമാത്മാവ് ഇതിൽ സംഗനായി സ്വരൂപസ്ഥിതനായി സ്ഥിരുകയും ചെയ്യും ഇതൊന്നും ബാധിക്കാത്ത രീതിയിൽ അപ്പോൾ പുറമേ നിന്നുകൊണ്ട് ഇതിനെ മനസ്സിലാക്കുന്ന ഒരാളിനോട് പറയാമെന്നാണ് ആത്മാവ് അവിടെ കർമ്മഫലം അനുഭവിച്ചു കഴിയുന്നു എന്ന് പറയുന്നു അപ്പം നമ്മൾ രണ്ടിനെയും ഗ്രഹിക്കും ആത്മാവെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇതെല്ലാം കൂടി കൂടിക്കൊഴിഞ്ഞാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് ഒന്നാ ജീവഭാവം പറ്റുന്ന പരമേശ്വരഭാവം ഇതെല്ലാം കൂടി എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇവിടെ പറയുകയാണ് ഇപ്പം ബന്ധവും ആ ഈ ജീവഭാവത്തെയും പരമേശ്വരഭാവത്തെയും എല്ലാം ഉൾക്കൊള്ളുക പക്ഷെ അവിടെ വിവച്ഛേദിച്ച് മനസ്സിലാക്കണം ആ ജീവഭാവത്തിൽ മാത്രമേ ഉള്ളൂ ഈ കർമ്മഫല അനുഭവവും ഈശ്വരഭാവത്തിൽ അതൊന്നുമില്ല ഒരേ സമയം രണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു ഒരേ സമയം ഈശ്വരൻ മുക്തനായി ഈ ശരീരത്തിൽ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു അല്ലെങ്കിൽ ഈ ശരീരമാകുന്ന ഉപാധിയെ സ്വീകരിച്ചുകൊണ്ട് സ്ഥിതി ചെയ്യുന്നു അതേ ഈശ്വരൻ തന്നെ ബന്ധനസ്ഥനായി ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് മോക്ഷത്തിനു വേണ്ടി പരിശ്രമിക്കുന്നു അല്ലെങ്കിൽ ബന്ധമോക്ഷങ്ങളെക്കുറിച്ചെത്തി വെച്ച് അജ്ഞനായി ഈ സംസാരത്തിൽ ഭ്രമിച്ചുകൊള്ളുന്നു ഇതെല്ലാം ഒന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകമായ ആ പരമാത്മാവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെ നമ്മളൊന്ന് സമഗ്രമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ശ്രുതി വിബന്ധവും എന്നുള്ളവചനം പ്രയോഗിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു വൈരുദ്ധ്യത്തിന്റെ ഭാഷയിൽ ഈ ശ്രുതി കാര്യങ്ങൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കിത്തരാൻ ശ്രമിക്കും എന്തുകൊണ്ട് കാരണം ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവനീ മായാധീനനാണ് മായാശക്തിക്ക് അടിപ്പെട്ടവനാണ് മായയുടെ സ്വഭാവമാണ് ഈ വൈരുദ്ധ്യം ഈ വിരോധത്തെ ഉണ്ടാക്കുന്നത് മായയാണ് അപ്പോൾ അവന്റെ വാസനയ്ക്കനുസരിച്ച് അവന ഇത് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ശ്രുതി അങ്ങനെയൊരു ഭാഷ ഇവിടെ ഭാഷ ഉപയോഗിച്ചതെന്ന് എന്നാണ് ഭാഷ്യക്കാരൻ കൂടെ പറയുന്നത് എന്നാണ് ഈ ഛത്ര ന്യായം എന്ന് പറഞ്ഞത് അപ്പോൾ ആ ജീവൻ ആ ഈശ്വരൻ എപ്പോഴും എന്താണ് പാതൃസംബന്ധ ഈ കർമ്മഫലം അനുഭവിക്കുന്നതിനോടുകൂടി ചേർന്നിരിക്കുന്നു അവരെ വിട്ടിട്ട് ഈശ്വരനിരിക്കുന്നില്ല ഈശ്വരൻ ഒരിക്കലും ജീവനെ കൈവിട്ട് കളയുന്നു ജീവനെ കൊണ്ട് ഈ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിപ്പിക്കുന്നുണ്ടെങ്കിലും ആ ജീവനെ പൂർണമായും വിട്ടുകളഞ്ഞിട്ടില്ല ആ ജീവനെ തന്റെ സ്വാധീനത്തിൽ വച്ചുകൊണ്ടാണ് ജീവനെ കൊണ്ട് ഇതെല്ലാം അനുഭവിപ്പിക്കുന്നത് അതാണ് പാത സംബന്ധമെന്ന് പറയുന്നത് ഈശ്വരനും ജീവനും തമ്മിലുള്ള ബന്ധം ആ സംബന്ധത്തിൽ നിർത്തിക്കൊണ്ട് കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നു മോക്ഷത്തിനുവേണ്ടി പരിശ്രമിപ്പിക്കുന്നു ഉപാസനയിലേക്ക് വിടുന്നു തത്വജ്ഞാനത്തിലേക്ക് വിടുന്നു ഇതെല്ലാം ചെയ്യും അതാണ് ശ്രുതി ഇവിടെ പറഞ്ഞത് ഗൃതം പിബന്ധ കർമ്മഫലത്തെ അനുഭവിച്ചുകൊണ്ട് അടുത്ത പറയുന്ന ഭാഷയത്തിൽ സുഹൃതസ്യ സ്വയം കൃതസ്യ കർമ്മണ പിബന്തു ഘൃതം സത്യം കർമ്മഫലം എന്നിവരും എന്ത് കർമ്മഫലം കസ്യ വ്രതം ആരുടെ അവനാണ് പറയുന്നത് അടുത്ത് സുഹൃതസ്യ സുഹൃതസ്യ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ വ്യാഖ്യാനമാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത് സ്വയം കൃതസ്യ സ്വയം ചെയ്ത കർമ്മത്തിന്റെ ഫലം അവനവൻ ചെയ്ത കർമ്മത്തിന്റെ ഫലം അപ്പൊ പ്രത്യേകം പറയാണ് അച്ഛൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം മക്കൾ അനുഭവിക്കത്തില്ല മക്കൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമേ മക്കൾക്ക് അനുഭവിക്കാൻ പറ്റും പൂർവികന്മാര് ചെയ്ത കർമ്മത്തിന്റെ ഫലമൊന്നും നമുക്ക് അനുഭവിക്കേണ്ടി വരത്തില്ല പണ്ട് പൊറുകന്മാര് ചെയ്തതിന്റെ ഫലമുള്ള അനുഭവിക്കുന്നത് ശരിയാണ് പൊറുകന്മാരായിട്ടിരുന്നു പണ്ട് ചെയ്ത് ഇപ്പോ വന്നിരുന്ന് അനുഭവിക്കുന്നു എന്നുള്ളതേ എന്നുള്ളതേ അന്ന് ചെയ്തപ്പോ പൂർവീകനായിരുന്നു ഇപ്പൊ അനുഭവിക്കുന്നപ്പോ ഇപ്പോഴുള്ള ആളായി അങ്ങനെ അനുഭവിക്കുന്നു അല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ ശ്രീ പറയണ് സ്വകൃതസ്യ സ്വയം കൃതസ്യ ചെയ്ത കർമ്മത്തിന്റെ ഫലം തന്നെ എന്ന് വെച്ചാൽ ജീവൻ സ്വയം അനുഷ്ഠിച്ച കർമ്മത്തിന്റെ ഫലം അല്ല വേറെ ആരും ചെയ്ത കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുന്നില്ല കർമ്മണ ഞാനി പോലും മഹാത്മാക്കൾ പോലും പ്രാർത്ഥ രൂപത്തിൽ എങ്കിലും അവരുടെ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുന്നു എന്നാണ് ശാസ്ത്രങ്ങളിൽ പറയുന്നത് ഒരു രീതി പറയുന്നതാണ് ഒരു ദൃഷ്ടികോണത്തിലൂടെ പറയുന്നതാണ് ജന്മാന്തരങ്ങളിൽ എന്തെങ്കിലും ചെയ്തിട്ടുള്ള കർമ്മത്തിന്റെ ഫലം രോഗമായിട്ടും മറ്റും മഹാത്മാക്കളും ഇവിടെയും ചരിത്രത്തെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അവർക്ക് രോഗങ്ങൾ വ്യാധികളൊക്കെ പിടികൂടുന്നതായിട്ട് അതുപോലെ അവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണത് അവശ്യം ഭാവിയായിട്ടുള്ള കർമ്മഫലം നിന്ന് അതിനുള്ള പ്രാരബ്ധെന്ന് പറയുന്നു ഒഴിവാക്കാൻ പറ്റത്തില്ല അപ്പം സാധാരണ മനുഷ്യൻ്റെ കാര്യം പറയാനുണ്ടോ അത് അനുഭവിച്ചു തന്നെ തീർന്നു കർമ്മബന്ധത്തിന് അധീനമാണ് ജീവൻ അതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അതായത് കർമ്മം അനുകൂലമല്ലെങ്കിൽ അത് അനുകൂലമാകുന്നതുവരെ പ്രയത്നം മുഖ്യഫലത്തെ കൊടുക്കത്തില്ല ഇത് ശാസ്ത്രത്തിൽ പറയുന്നത് അതായത് നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനൊരു മുഖ്യമായ ഫലത്തെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പ്രധാന ഫലത്തെ അപ്പം ആ മുഖ്യഫലത്തെ കിട്ടണമെന്നുണ്ടെങ്കിൽ കർമ്മം അനുകൂലമായിരിക്കുന്നു എന്നാലെ പറ്റത്തുള്ളൂ പൂർവ്വകർമ്മങ്ങൾ അനുകൂലമായിരിക്കണമെന്നല്ല ആ പൂർവ്വകർമ്മങ്ങൾ അനുകൂലമല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം മുഖ്യഫലം നമുക്ക് കിട്ടത്തില്ലാത്ത തരും അവാന്തര ഫലങ്ങൾ കിട്ടും ഗൌണമായ ഫലങ്ങൾ കിട്ടും ഒരു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരാൾ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു കഠിനമായി പരിശ്രമിക്കുന്നു ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫലം ഉണ്ടാകണമെങ്കിൽ അയാളുടെ കർമ്മങ്ങളെല്ലാം അനുകൂലമായാലേ പറ്റൂ അല്ലാതെ കാരണം ജീവൻ കർമ്മബദ്ധനാണ് എന്തുകൊണ്ട് ഇത്ര വാശി കാരണം അത് ഈശ്വരന്റെ നിയമമാണ് ഈശ്വരീയമായ നിയമത്തെ ജീവന് ഒരിക്കലും അതിലംഘിക്കാൻ കഴിയത്തില്ല കർമ്മവും ഇന്ന കർമ്മത്തിന് ഇന്ന ഫലവും ഈശ്വരൻ നിശ്ചയിച്ചാണ് അതിനൊരിക്കലും ജീവന് കഴിയത്തില്ല ഈ ശരീരത്തോടു കൂടിയിരിക്കുന്ന ആർക്കും കഴിയത്തില്ല ശരീരഭാവത്തിലിരിക്കുന്ന ഒരുവനും അതിന് കഴിയത്തില്ല അതുകൊണ്ടാണ് ഇവിടെ ശ്രീ തർപ്പിച്ച് പറയുന്നത് സുഹൃതസ്യ സ്വയംകൃതസ്യ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഫലങ്ങൾക്ക് ആശിക്കുന്ന ഫലം കിട്ടാതെ വരുന്നത് കാരണം നമ്മുടെ കർമ്മം അനുകൂലമല്ലാത്ത കൊണ്ടാണ് അപ്പൊ നമ്മുടെ പ്രവൃത്തി നിഷ്ഫലമാകുമോ അതൊരിക്കലുമില്ല കാരണം അതും കർമ്മ നിയമത്തിൽപ്പെടുന്നതാണല്ലോ പ്രവൃത്തിക്ക് തീർച്ചയായിട്ടും ഫലം ഉണ്ടാകണം അതാണല്ലോ നിയമം അപ്പൊ നമ്മൾ ഇപ്പൊ പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നു ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഫലമില്ല എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തിക്ക് ഫലം ഉണ്ടായി തീരൂ നാളെയെങ്കിലും ആ ഫലം ഉണ്ടാകും പക്ഷെ വിളമ്പമുണ്ടാവും പൂർവ്വകർമ്മങ്ങൾ അനുകൂലമല്ലാത്തതുകൊണ്ട് ഫലമില്ലാതെ വരില്ല ഇല്ലാതെ കഴിഞ്ഞാൽ പ്രവൃത്തിക്ക് ഫലം എന്നുള്ള തന്നെ ഭംഗം വരും അതുപോലെ താമസിച്ചാണെങ്കിലും ഫലമുണ്ടാകും അല്ലെങ്കിൽ അപൂർണമായിട്ടാണെങ്കിലും ഫലം തൽക്കാലം ഉണ്ടാകും പക്ഷെ പൂർണ്ണമായ ഫലം അതിന് നിർദ്ദേശിച്ചിരിക്കുന്ന ഫലം അത് മറ്റ് കർമ്മങ്ങൾ അനുകൂലമായാലും ഉണ്ടാവും അതുമാത്രമല്ല നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നു ആധ്യാത്മിക സാധനങ്ങളായിക്കോട്ടെ നമ്മൾ പറയുന്നു ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട് പക്ഷെ അതിന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫലം എന്ന് പറയുന്നത് നമ്മൾ ആശിക്കുന്നതായിക്കൊള്ളണമെന്നില്ല നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൊരു ഫലം അത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ആവണമെന്നില്ല കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ഇന്നതാണെന്നുള്ളത് നമ്മളറിയണമെന്നില്ല കാരണം ഇന്ന പ്രവൃത്തിക്ക് ഇന്ന ഫലമെന്ന് ഈശ്വരം മാത്രമേ വാസ്തവത്തിൽ അറിയുന്നുള്ളൂ കാരണം ഇന്ന ഫലം എന്ന് പറയുന്ന ഉദ്ദേശിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ആ ഫലത്തെ നൽകുന്നതാണോ എന്ന് നമുക്ക് ഉറപ്പില്ല നമുക്കറിയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ആ ഫലത്തെ നൽകുന്നതിന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി പര്യാപ്തമാണോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഇത്തരം ഒരു ഫലത്തെ പൂർണ്ണമായും ഉണ്ടാക്കുന്നതിന് ശേഷിയുണ്ടോ ഈ കാര്യങ്ങളൊന്നും നമ്മുടെ അറിവപ്പെടുന്ന കാര്യങ്ങളല്ല ജീവന്റെ അറിവിൽപ്പെടുന്ന കാര്യങ്ങളല്ല അതാണ് ഭഗവാൻ പറഞ്ഞത് ഗഹന കർമ്മണോ ഗതി ഗതി എന്ന് പറഞ്ഞാൽ ഫലം കർമ്മണ ഗതി കർമ്മത്തിന്റെ ഫലം ഗഹനമാണ് ഗഹനമെന്ന് പറഞ്ഞാൽ ജീവബുദ്ധിക്ക് വിഷയമല്ലാതെ ഈശ്വര നിയമങ്ങളൊന്നും തന്നെ ജീവന്റെ ബുദ്ധിക്ക് വിഷയമല്ല ഭാഗികമായി അറിയുന്നുള്ളൂ പൂർണമായി അറിയുന്നില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും കർമ്മ നിയമത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭഗവാൻ ഗീതയിലും മറ്റും കാര്യം വെളിപ്പെടുത്തുന്നുണ്ട് നമ്മളൊരു പ്രവൃത്തി ചെയ്തിട്ട് ആ ഫലം എനിക്ക് കിട്ടിയില്ലല്ലോ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ വിലപിക്കുന്നത് എപ്പോഴും അത് അസംബന്ധമായിരിക്കും കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഇന്ന ഫലം കിട്ടണമെന്നുള്ളത് കേവലം നമ്മുടെ ഒരു ആശ മാത്രമാണ് അത് ആ പ്രവൃത്തിയുടെ ഫലമായിക്കൊള്ളണമെന്നില്ല എന്നത് അത് ആധ്യാത്മികമായ പ്രവൃത്തികളെ സംബന്ധിച്ച് മാത്രമല്ല ലൗകികമായ പ്രവൃത്തികളെ സംബന്ധിച്ച് പോലും അങ്ങനെയാണ് നമ്മൾ കാണുന്നത് അതായത് ചെറിയൊരു ദാനം പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് വിശപ്പ് മാറുക പിന്നെ അതിൽ നിന്നുണ്ടാകുന്ന തൃപ്തി ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ കർമ്മത്തിന്റെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വിശപ്പ് മാറുക ഇത് സാധാരണഗതി സംഭവിക്കാറേ ഉണ്ട് വിശപ്പ് മാറാറുണ്ട് തൃപ്തി ഉണ്ടാകാറുണ്ട് സാധാരണഗതി സംഭവിച്ചുവരും പക്ഷെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴല്ല അതിന്റെ ഫലം വിശപ്പ് മാറുക അല്ലെങ്കിൽ തൃപ്തി ഉണ്ടാകുക എന്ന് അലിഖിതമായൊരു നിയമം നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയറ്റു വേദന ഉണ്ടാകാറുണ്ട് കഴിച്ച് ചിലപ്പോൾ പുറത്തേക്ക് ഛർദിക്കാറുണ്ട് അപ്പം നമുക്ക് പറയാൻ പറ്റുമോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ഇന്നതായിരിക്കുന്നു നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല പിന്നെ അങ്ങനെ സംഭവിക്കുന്നു ഏറെക്കുറെ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളൊരു നമ്മുടെ ജീവന്റെ പരിമിതമായ അറിവ് വെച്ചുകൊണ്ട് നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നു അങ്ങനെയൊരു വിശ്വാസം വേണമല്ലോ പ്രവൃത്തിക്ക് അപ്പോൾ ആ ഫലം ഉണ്ടാകുന്നു ലൗകികമായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഏറെക്കുറെ ശരിയായി വരുന്നു ഒത്തു അതുകൊണ്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നു പദ്ധതികൾ ആവിഷ്കരിക്കുന്നു കുറെയൊക്കെ പൊളിഞ്ഞു പോകുന്നു കുറേയൊക്കെ നടപ്പിലാകുന്നു അങ്ങനെ കുറേയൊക്കെ നടക്കുന്നുണ്ട് കാരണം ജീവൻ അല്പജ്ഞനാണ് അവൻ്റെ അല്പമായ അറിവുകൊണ്ട് അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നു നടക്കാതിരിക്കും പക്ഷേ ഇതൊന്നും ഈശ്വരീയമായ നിയമത്തെ മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതല്ല അതുകൊണ്ട് കർമ്മവും അതിന്റെ ഫലവും തമ്മിലുള്ള ബന്ധം ജീവൻ ഒരിക്കലും പൂർണ്ണമായും പിടികിട്ടത്തില്ല ഭാഗികമായ അറിവുണ്ടാകത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ലൌകികമായ കാര്യങ്ങൾ പോകട്ടെ ആത്മീയമായ കാര്യങ്ങളെ സംബന്ധിച്ചായാലും ശരി നമ്മുടെ സാധനങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്നു നമ്മൾ ഫലം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ആ ഫലത്തിന് ഉതകുന്നതായിരിക്കണമെന്ന് ഉറപ്പില്ല അപ്പം ചോദിച്ചു ഇപ്പം ഗുരു പറഞ്ഞു തന്നു ഇന്നത് ചെയ്യും പിന്നെ ഇത് ചെയ്താലും ആ ഫലം ഉണ്ടാവുമെന്ന് പറഞ്ഞു അപ്പം ഞാനത് ചെയ്യുന്നു ഫലം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ശരിയാകുന്നില്ല എന്തുകൊണ്ട് ഗുരു പറഞ്ഞു തന്നത് ആണ് നമ്മൾ ധരിച്ചിരിക്കുന്നതെന്ന് ഉറപ്പൊന്നുമില്ല ഗുരു ഉദ്ദേശിച്ചാണ് നമ്മൾ ധരിച്ചിരിക്കുന്നതെന്ന് പിന്നെന്താ ഉറപ്പ് നമ്മൾ ധരിച്ചത് നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ വാസനക്കും അനുസരിച്ചാണ് നമ്മൾ ധരിച്ചത് നമ്മൾ അനുഷ്ഠിക്കുന്നു അത് ഫലത്തെ ഉണ്ടാക്കിക്കൊള്ളണമെന്ന് ിയമില്ല പിന്നെ ഫലം ഉണ്ടാകുന്നുണ്ട് അപ്പം ഞാൻ ഒരുപാടൊക്കെ ചെയ്തത് പക്ഷെ എനിക്ക് ഫലം ഉണ്ടായില്ലെന്ന് പറയുന്നു അത് വെറുതെയാണ് ഇതുവരെ ചെയ്തതിന്റെ ഫലം തന്നെ ഇപ്പം അനുഭവിക്കുന്നത് ഇവ എന്ന് പറയുന്നില്ലേ അത് ഇതുവരെ ചെയ്തതിന്റെ ഫലമാണ് ഇതിനെ ചെയ്തിട്ടുള്ളു ഈ ചെയ്തിട്ടില്ല ഇത് തന്നെയാണ് ഇതുവരെ ചെയ്തതിന്റെ ഫലം അല്ല ഫലമില്ലാതെ അല്ല അപ്പം മനസ്സിലാക്കണം ഇതുവരെ ചെയ്തത് ഇതൊക്കെയാണ് അതിനാണ് ഇത് ഈ കിട്ടിയത് എന്ന് അപ്പോൾ പ്രവൃത്തിയുടെ ഫലം തന്നെയാണ് ഈ കിട്ടിയില്ല എന്നുള്ള പരാതിക്കുള്ളതേ നമ്മൾ ചെയ്തിട്ടുള്ളൂ അത് കൂടുതലൊന്നും ചെയ്തിട്ടില്ല അതാണ് സുഹൃതസ്യ സ്വയം കൃതസ്യ സ്വയം ചെയ്ത പ്രവൃത്തിയുടെ ഫലം ജീവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ കൂടുതലും നിരാശപ്പെടാതിരിക്കണമെങ്കിൽ ഈ കർമ്മ നിയമത്തെ നമ്മൾ ശരിക്ക് മനസ്സിലാക്കിയിരിക്കണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം തന്നെയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമുക്ക് കിട്ടാതെ വരുന്നില്ല അത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാണ് പിന്നെ ഇതിൽ പറയുന്നുണ്ട് തടസ്സങ്ങളും മറ്റും പൂർവകർമ്മങ്ങൾ അനുകൂലമല്ലാതെ വരുമ്പോൾ പൂർവകർമ്മങ്ങൾ ഇതിനെ തടസ്സമായി നിൽക്കും അപ്പോൾ ആ മുഖ്യമായ ഫലത്തെ കിട്ടുന്നില്ല നമ്മൾ ചെയ്തതിന്റെ ഫലത്തെ കിട്ടുന്നു അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് ഇവിടെ സുഹൃതസ്യ സ്വയം കൃതസ്യ എന്ന് ഭാഷകാരാണ് പറഞ്ഞത് കർമ്മകൃതം ഇത് പൂർവേണ സംബന്ധ അതായത് എന്ന് അന്വയിക്കണം എന്നാണ് പൂർവീണ പൂർവപദവുമായിട്ട് സുഹൃദസ്യ എന്നുള്ളതിനെ അന്വയിച്ച് സുഹൃതസ്യ വ്രതംബന്ധു എന്നർത്ഥം മനസ്സിലാക്കണം സ്വയം ചെയ്ത കർമ്മത്തിന്റെ ഫലത്തെ അനുഭവിക്കുന്നവനായ ജീവൻ എന്നാണ് ഈ ജീവൻ എവിടെ സ്ഥിതി ചെയ്യുന്നു ർത്ഥം പറയുന്നു അസ്മിൻ ശരീര് ഈ ശരീരത്തിൽ ലോകമെന്ന് പറയുന്നതിന് ശരീരം എന്നാണ് അർത്ഥം പറഞ്ഞത് ലോകം ലോക ദർശന് എന്ന് പറയുന്ന ഒരു ധാതുണ്ട് അറിയുക കാണുക അനുഭവിക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിലുള്ള ധാതുവാണ് ലോകധാതു അപ്പൊ അറിയുകയും കാണുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവിടെ ഈ ശരീരത്തിലിരുന്നുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ ശരീരം ഉപയോഗിച്ചുകൊണ്ടാണ് അതുകൊണ്ടാണ് ലോകം എന്നുള്ളതിന് ശരീരം എന്നുള്ള അർത്ഥം പറഞ്ഞത് അറിയുന്നതിനും കാണുന്നതിനും അനുഭവിക്കുന്നതിനും എല്ലാം ഉപകരിക്കുന്നതോ അതാണ് ലോകം അത് ശരീരം ഈ ശരീരത്തിലിരുന്നു കൊണ്ട് ജീവൻ സ്വയം ജീവിത ഫലത്തെ അനുഭവിക്കുന്നു ഇതിനാണ് സംസാരം എന്നു പറയുന്നത് ആ ജീവൻ ശരീരത്തിൽ എവിടെ ഇരിക്കുന്നു പറയുന്നു ഗുഹാം ഗുഹായാം ബുദ്ധോ പ്രവിഷ്ഠ ബുദ്ധിയിൽ സ്ഥിതി ചെയ്യുന്നു ബുദ്ധി എന്ന് പറഞ്ഞാൽ അന്ധക്കാരണം ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ബുദ്ധിയിൽ സ്ഥിതി ചെയ്യുന്നു എന്നതിന് പറയുന്നു കാരണം ജീവൻ പ്രകടമാവുന്നത് ബുദ്ധിയിലാണ് ബുദ്ധിയിലൂടെയാണ് അത് പ്രകടമാകുന്നത് ജീവഭാവം പ്രകടമാകുന്നു സ്ഫുരിക്കുന്നത് ബുദ്ധിയിലൂടെയാണ് അതുകൊണ്ടാണ് പ്രവിഷ്ഠൗ എന്ന് പറഞ്ഞിരിക്കുന്നത് ബുദ്ധവും പ്രവിഷ്ഠൗ ബുദ്ധിയിൽ പ്രകടമാകുന്നു പ്രവേശിക്കുന്നു എന്നറിയുന്നു ജീവൻ പരമാത്മരൂപത്തിൽ സർവത്ര വ്യാപിച്ചിരിക്കുന്നു തൂണിലും തുരുമ്പിലും എല്ലാം ഉണ്ട് പക്ഷേ അവിടെയൊന്നും പ്രകടമാകുന്നില്ല അത് പ്രകടമാകുന്നത് ബുദ്ധിയിലാണ് േതന പ്രകടമാകുന്നത് അന്ധകരണത്തിലാണ് അതുകൊണ്ട് അത് പ്രത്യേകം പറഞ്ഞു ഈ ശരീരത്തിൽ അതും അന്ധകരണത്തിൽ അന്ധകരണത്തിലൂടെ അത് പ്രകടമാകുന്നു ബൾബിലൂടെ കറണ്ട് പ്രകാശരൂപത്തിൽ പ്രകടമാകുന്ന അതുപോലെ അത് പ്രകടമാകുന്നു പ്രവിഷ്ട പരമേ ആ പ്രകടമാകുന്ന സ്ഥലത്തെ വിശദീകരിക്കുകയാണ് ആ പരമമായ സ്ഥാനത്ത് അത് പരമെന്ന് എന്തുകൊണ്ട് പറയുന്നു ഈശ്വരൻ പ്രകടമാകുന്നത് ശ്രേഷ്ഠമായ സ്ഥാനമാണല്ലോ അതുകൊണ്ട് ബാഹ്യ പുരുഷ ആകാശ സംസ്ഥാന അപേക്ഷയാ പരമം പിന്നെ ഹൃദയാകാശം അല്ലെങ്കിൽ ചിത്താകാശം എന്ന് പറയും ആകാശം എന്ന് പറയുന്നത് സൂക്ഷ്മവും വ്യാപകവുമായ ഒരു വസ്തുവാണ് ആകാശമാണ് ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്നത് ഇതിന് ബാഹ്യാകാശം എന്ന് പറയും കാശം നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതിന്റെ അർത്ഥം ഇടം അവകാശം എന്നാണ് ഇടം കൊടുക്കുന്ന ഒന്നിനെയാണ് ആകാശം എന്ന് പറയുന്നത് എല്ലാത്തിനും ഇടം കൊടുക്കുന്നു ഈ സ്ഥൂലമായ വസ്തുക്കൾക്ക് സൂക്ഷ്മമായ വസ്തുക്കൾക്കെല്ലാം നിലനിൽക്കുന്നതിന് ഇടം കൊടുക്കുന്നതാണ് ആകാശം ആ ആകാശത്തേക്കാൾ സൂക്ഷ്മമായ ആകാശമാണ് ചിത്താകാശം എന്ന് പറയുന്നു അതിനാണ് ഇവിടെ പറയുന്നത് ബാഹ്യ പുരുഷാകാശം പുരുഷാകാശം എന്ന് പറയുന്നത് നമ്മൾ സ്ഥിതി ചെയ്യുന്ന ഈ ആകാശം പുരുഷൻ സ്ഥിതി ചെയ്യുന്ന ആകാശം ഈ ശരീരസ്ഥിതി ചെയ്യുന്ന ആകാശം അതാണ് ബാഹ്യ പുരുഷ ആകാശം സംസ്ഥാനം അതിനൊരു രൂപമുണ്ട് സംസ്ഥാനം എന്ന് വെച്ചു ഈ ആകാശം ഉൾക്കൊള്ളുന്ന ആ രൂപം തത് അപേക്ഷ അതിനപേക്ഷിച്ച് പരമം അതിനും പരമമാണ് ഈ അന്ധക്കരണ രൂപത്തിലിരിക്കുന്ന ആകാശം പരാർ അതിനെ പരാർത്ഥം എന്ന് പറയും പല ഭാഗങ്ങളിലും ഈ ചിത്ത ആകാശത്തിന് പരാർത്ഥം എന്ന് പറയും പരാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ് വിശദീകരിക്കുന്നു പരസ്യ എന്ന് വെച്ചാൽ ബ്രഹ്മണ പരം പരമാത്മാവ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞ സ്ഥാനം അപ്പൊ പരാർത്ഥം എന്ന് പറഞ്ഞാൽ പരമാത്മാവിന്റെ സ്ഥാനം ആണ് നേരത്തെ പറഞ്ഞ പ്രവിഷ്ഠവ് പ്രവേശിച്ചത് എന്ന് പറഞ്ഞാൽ പ്രകടമാകുന്നത് പ്രവേശിച്ചിടത്തൂടെ അല്ലേ തിരിച്ചു വരാൻ പറ്റും തിരിച്ചു വരുന്നത് അതുകൊണ്ടാണ് പ്രവിഷ്ഠു എന്ന് പറഞ്ഞാൽ പ്രകടമാകുന്നതെന്ന് പറയും ഈശ്വരൻ ഈ ശരീരത്തിൽ പ്രവേശിച്ചത് ആ അന്ധകരണത്തിലൂടെയാണ് അവിടെ നിന്ന് പ്രകടമാകുന്നതും അന്ധകരണത്തിലൂടെയാണ് അതുകൊണ്ട് അതിന് പരാർത്ഥം എന്ന് പറഞ്ഞു ഈശ്വരന്റെ സ്ഥാനം എന്ന് പറഞ്ഞു അത് തന്നെ വിശദീകരിക്കുന്നു എന്ന് പറയുന്നു ഹൃദയ രൂപത്തിലുള്ള ആകാശം അല്ലെങ്കിൽ അന്ധക്കരണ രൂപത്തിലുള്ള ആകാശം എന്ന് പറയുന്നു ആകാശം എന്ന് പറയുന്നു ഇടം കൊടുക്കുന്നുണ്ട് അല്ല നമ്മൾ രണ്ടാകാശം എന്നുള്ളതല്ല പുറമെ ഒരാകാശം പിന്നെ നമ്മൾ ഹൃദയത്തിൽ വേറൊരാകാശം അങ്ങനെയല്ല ആകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന ബാഹ്യമായ ആകാശം എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ ആകാശമായിരിക്കുന്ന അന്ധകരണം തന്നെ ആകാശമായിരിക്കുന്നു എന്നത് അതായത് ഈ കാണുന്ന ആകാശം എങ്ങനെയാണോ ഈ ശരീരത്തിന് ഈ വസ്തുക്കൾക്കെല്ലാം ഇടം കൊടുത്തിരിക്കുന്നത് അതുപോലെ ചിത്തം എന്ന് പറയുന്ന ആ പദാർത്ഥം അത് ഈശ്വരൻ ഇടം കൊടുത്തിരിക്കുന്നു എന്നുള്ളത് ഈശ്വരൻ എന്താ ഈ ഇടം പോരെ ഈശ്വരൻ ഈയിടം മതി പക്ഷെ ഈശ്വരൻ പ്രകടമാകുന്നു പ്രകാശിക്കുന്നത് ആ സ്ഥാനത്തിലൂടെയാണ് ഇവിടെയുണ്ടെങ്കിൽ ഇവിടെ അത് സ്പഷ്ടമായി പ്രകാശിക്കുന്നുണ്ട് ഈശ്വരൻ അവിടെ എങ്ങനെ പ്രകാശിക്കുന്നു അനുഭവ രൂപത്തിൽ അനുഭവ രൂപത്തിൽ ബോധരൂപത്തിൽ ഈശ്വരൻ പ്രകാശിക്കുന്നു അറിവായി ഈശ്വരൻ പ്രകാശിക്കുന്നു അങ്ങനെ ഈശ്വരന്റെ പ്രകാശം പറയും അതുകൊണ്ട് അതിന് പരാർത്ഥം എന്ന് പറയുന്നു അങ്ങനെ അറിവായി പ്രകാശിക്കുന്ന അത് ഈശ്വരൻ പ്രകാശിക്കുന്ന എവിടെ ഈ ആകാശത്തിലാണ് ഹൃദയാകാശത്തിൽ അന്ധക്കരണ രൂപത്തിലുള്ള ആകാശത്തിലാണ് തന്നെ പറയുന്ന ഈശ്വരന് ഉള്ളിലാണെന്ന് പറയുന്നത് ഉള്ളെന്ന് പറഞ്ഞാൽ എന്താ അന്ധക്കരണം ഉള്ളെന്ന് പറഞ്ഞാൽ പൊള്ളയായ ഒരു സ്ഥാനമെന്നുള്ള എന്താ ആകാശം എന്ന് പറയുമ്പോൾ നമ്മൾ പുറമേ കാണുന്നതുപോലെ പൊള്ളയായ ഒരു സ്ഥാനം എന്ന് പറഞ്ഞൊരു സ്ഥാന കൽപ്പന സ്ഥാനകൽപ്പന എന്ന് പറയുന്നത് അതായത് ഒരു സ്പേസ് അങ്ങനെ കൽപ്പിക്കരുത് ആകാശം എന്ന് പറഞ്ഞാൽ ബാഹ്യമായൊരു സ്ഥാനം ഈ വസ്തു ഇരിക്കുന്നതിനൊരു ഇടം വേണം ഭൂമിയല്ല ഭൂമി ഇരിക്കുന്നതിന് ഇടം ആ ഇടം എന്നുള്ള അർത്ഥത്തിലുള്ള ഇവിടെ ആകാശം എന്ന് പറയുന്നത് ഹൃദയ രൂപത്തിലുള്ള ആകാശം അതിന് ആകാശം എന്ന് എന്തുകൊണ്ട് പറയുന്നു ഈശ്വരൻ പ്രകടമാകുന്നുണ്ട് അതെന്താണ് നമ്മുടെ അന്ധകരണം തന്നെ അത് എന്താ സാധനം അത് തന്നെയാണ് ബോധരൂപത്തിൽ നമ്മുടെ ഉള്ളിൽ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു സദാ അത് തന്നെയാണ് എന്താക്കണമെന്ന് പറയുന്നത് നമുക്ക് അപരിചിതമായ ഒരു വസ്തുവൊന്നും ധരിച്ചു കളയുന്നത് ബോധമായി നമ്മുടെ ഉള്ളിൽ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നത് അന്തക്കരണ അംശം തന്നെയാണ് അല്ലെങ്കിൽ വേറെ പറഞ്ഞാൽ ആ അംശത്തിലൂടെ ഈശ്വര ചൈതന്യത്തിന്റെ നമ്മുടെ അറിവ് ബോധം എന്ന് അത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത് പരമേ പരാർത്ഥി ഈശ്വരന്റെ സ്ഥാനം എന്ന് പറഞ്ഞതാണ് ഹർദ്ദാകാശം ഹൃദയാകാശം അല്ല ഹൃദയാകാശം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഓപ്പറേഷൻ ഒക്കെ ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഹൃദയം മാറ്റിവെക്കൽ ആ ഹൃദയം പിന്നെ അതിൻ്റെ അകത്തൊരു സ്പേസ് ആ ആകാശം അങ്ങനെ നിന്ന് ധരിച്ചടയിൽ അങ്ങനെ ഒരു ഹൃദയത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉപാസനയ്ക്ക് വേണ്ടി പറയും ധ്യാനത്തിനുവേണ്ടിയൊക്കെ പറയും ഇങ്ങനെ ഒരു ഹൃദയം ആ ഹൃദയത്തിൽ ഓരോന്ന് ഭാവന ചെയ്യാനും മറ്റും ഒക്കെ പറയണ്ടോ ദേവതാരൂപത്തെ ഇഷ്ടദേവതയൊക്കെ ഭാവന ചെയ്യാനൊക്കെ പറയുന്നു അങ്ങനെ ഒരു ഹൃദയമുണ്ട് ആധ്യാത്മിക ശാസ്ത്രത്തിൽ ഈ ഹൃദയത്തെക്കുറിച്ചും പറയുന്നുണ്ട് ഈ സ്ഥൂര ഹൃദയത്തെക്കുറിച്ചും പക്ഷെ ഇവിടെ പറയുന്ന അതല്ല ഇവിടെ ഹാർദാകാശം എന്ന് പറയുന്നിടത്ത് ഈ ഹൃദയവുമായിട്ട് ബന്ധപ്പെടുത്തി അല്ല പറയുന്നത് അത് ശുദ്ധചിത്തെയാണ് പറയുന്നത് ചിത്തിനെയാണ് അന്ധകരണത്തെയാണ് അത് ഈശ്വരൻ പ്രകടമാകുന്നത് കൊണ്ട് തന്നെ ഹാർദ്ദാകാശം എന്ന് പറയുന്നു ഉപാസനയ്ക്ക് വേണ്ടി സ്വീകരിച്ചിരിക്കുന്ന ഈ സ്ഥൂലമായ ഹൃദയത്തെ അല്ല മാറ്റിവയ്ക്കുന്ന ഹൃദയത്തെ അല്ല പറയുന്നത് അതാണെന്ന് ധരിക്കരുത് ഈ ഹൃദയത്തെക്കുറിച്ചും ഭാഷയത്തെ തന്നെ ശങ്കരാചാര്യർ പറയും കീറി നോക്കുമ്പോൾ കാണുന്ന ഹൃദയം എന്നൊക്കെ പറഞ്ഞ് പറയും തസ്മിൻഹി ഈ അന്ധകരണത്തിൽ ഈ ഹൃദയാകാശത്തിലാണ് പരം ബ്രഹ്മോപലഭ്യത പരമ്പ്രഹ്മ ഉപലബ്ധമാകുന്നത് എന്നത് ഈ ഹൃദയത്തിൽ പരമ്പ്രഹ്മ ഉപലബ്ധമാകുന്നു ആർക്ക് സർവ്വ ജീവന്മാർക്ക് സർവ്വപ്രാണികൾക്കും ഇവിടെ ഈശ്വരൻ പ്രകടമാകുന്നുണ്ട് ബോധസ്ഫുരണമായി അഹമഹമിരി സാക്ഷാത് ബോധരൂപത്തിൽ അങ്ങനെ പ്രകടമാകുന്നുണ്ട് ആ തഥ അതുകൊണ്ടിവിടെ പറഞ്ഞു തസ്മിൻ പരമേ പരാർ ഹർദ്ദാകാശേ ആ പരാർഥത്തിൽ ഹൃദയാകാശത്തിൽ അതൊക്കെ അതിനെ വിശദീകരിക്കണം പ്രവിഷ്ഠോ പ്രവേശിച്ചിരിക്കുന്നു പ്രകടമാകുന്നു ഇത്യർത്ഥ എന്നാണ് ഇതിന്റെ താല്പര്യം ഹൃദം പിബന്തു സുഹൃതേ എന്ന് പറഞ്ഞ ആ മന്ത്രത്തിന്റെ താല്പര്യം ഇതാണ് തവു അതിനെ വിശദീകരിക്കുന്നു അത് ഛായ ആദപവും ഇവ വിലക്ഷണവും ഇരുട്ടും വെളിച്ചവും പോലെ അല്ലെങ്കിൽ നിഴല് ആദപം വെളിച്ചം ഇതുപോലെ വിലക്ഷണവും വില്ലക്ഷണം വിരുദ്ധ സ്വരൂപത്തോട് കൂടിയത് വിലക്ഷണം വിരുദ്ധമായ ലക്ഷണമെന്ന് വെച്ചാൽ രൂപം സ്വരൂപം വി എന്ന് പറഞ്ഞാൽ വിരുദ്ധം വിരുദ്ധമായ രൂപത്തോട് കൂടിയതാണ് സംസാരിത്വ അസംസാരിത്വേന എന്താണ് ഇതിന്റെ വിരുദ്ധ സ്വഭാവം ഒന്ന് സംസാരി ജീവൻ പരമാത്മാവ് അസംസാരി സംസാരാതീതൻ ഇതാണ് ഇവയുടെ വിരുദ്ധ സ്വഭാവം എന്ന് ബ്രഹ്മവിധോ വദന്തി കഥയന്തി ഇക്കാര്യം പറയുന്ന ബ്രഹ്മജ്ഞാനികൾ മഹാത്മാക്കൾ ഗുരുക്കന്മാർ ആചാര്യന്മാർ ഇത് പറയുന്നു ബ്രഹ്മവിത്തുക്കൾ ഇത് പറയുന്നു ഈ തത്വത്തെ പറയുന്നു ഈ ശരീരത്തിനുള്ളിൽ തന്നെ ആ പരമാത്മാവ് ജീവഭാവത്തിലിരുന്ന് കർമ്മഫലകാലത്തെ അനുഭവിക്കുന്നു അവിടെ തന്നെ ആ പരമാത്മാവ് നിത്യമുക്തനായും സ്ഥിതി ചെയ്യുന്നു എന്ന് ബ്രഹ്മജ്ഞാനികൾ പറയുന്നു എന്ന് യമദേവൻ പറയുകയാണ് ഇത് പരമ്പരയായി വരുന്ന ഉപദേശമാണെന്ന് പറയുകയാണ് കേവല കർമ്മിണയോ വധന്തി കേവല കർമ്മികൾ ഇത് പറയുന്നില്ല കേവല കർമ്മികൾ പറയുന്നില്ല കേവല കർമ്മികൾ എന്ന് പറഞ്ഞാലാണ് പറയുന്നു പഞ്ചാഗ്നോ ഗ്രഹസ്ഥാഹ പഞ്ചാഗ്നി വിദ്യ ഉപാസിച്ചിരിക്കുന്നവർ എന്ന് പറയുമ്പോൾ യമദേവൻ നജികേസിന് ഉപദേശിച്ചു വിദ്യ അത്തരോപാസനങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും ഇന്നില്ല ഗ്രഹസ്ഥന്മാര് പഴയ ഏതോ ഒരു കാലത്ത് അനുഷ്ഠിച്ചിരുന്ന അതാണ് ഈ പഞ്ചാഗ്നി വിദ്യയും മറ്റും അങ്ങനെ അനുഷ്ഠിച്ചിരുന്ന ഗൃഹസ്ഥന്മാർ അവരല്ല അവരെ കുറിച്ചല്ല ഇത് പറയുന്നത് ബ്രഹ്മ വിത്തുക്കളാണ് ഏചത്രിനാചേതാഹ ത്രികൃത്തോ നാചികേതോ അഗ്നി ഹി ചിതോ ഏഹി നാചികേത അഗ്നി നചികേസന് ഉപദേശി ക്ഷമദേവൻ ഉപദേശിച്ചു കൊടുത്ത അഗ്നി വിദ്യ ഇതിനെക്കുറിച്ച് മുമ്പ് ഒന്ന് പരാമർശിച്ചിട്ടുണ്ട് ഇവിടെ വിശദീകരിക്കുന്നില്ല എന്താണ് അഗ്നി വിദ്യ എന്നുള്ള കാര്യങ്ങളൊന്നും ീതാ ഇന്ന് ഇത്തരം വിധികളൊന്നും അനുഷ്ഠിക്കുന്നതിന് മനുഷ്യന് സമയമില്ല കാലവും ദേശവും ഒന്നും അനുകൂലമല്ല അതുകൊണ്ട് ഇതൊന്നും അനുഷ്ഠിക്കുന്നില്ല എന്തായാലും ഇതൊക്കെ അനുഷ്ഠിച്ചിരുന്ന ഗൃഹസ്ഥന്മാർ ഒരു കാലത്തുണ്ടായിരുന്നു അപ്പൊ അവരെ സംബന്ധിച്ചല്ല ഇവിടെ പറയുന്നത് ഈശ്വര സ്വരൂപത്തെയും ജീവസ്വരൂപത്തെയും ഇങ്ങനെ വേറൊരു വ്യക്തമായി പറയുന്നത് ബ്രഹ്മജ്ഞാനികളാണ് അല്ലാതെ കർമ്മികളല്ല എന്നാണ് ഇവിടെ ഭാഷകാരൻ ആ മന്ത്രത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ താല്പര്യം ഒരേ ശരീരത്തിൽ തന്നെ ആ മന്ത്രത്തിൽ പറയുന്നതിന്റെ താല്പര്യം ഒരേ ശരീരത്തിൽ തന്നെ ഈ ജീവൻ എന്നുള്ള രീതിയിലും ഈശ്വരൻ എന്നുള്ള രീതിയിലും പരമാത്മാവ് പ്രവേശിച്ച് പ്രകടമായിരിക്കുന്നു രണ്ട് ഭാവവും പ്രകടമായിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞതിന്റെ താല്പര്യം അപ്പൊ ആ മന്ത്രം ഞാനൊന്ന് വായിക്കാം വ്രതം പിബന്ധോ परमी പ്രവിഷ്ടോ പരമേ പരാർ ഛായ ബ്രഹ്മവിദോ വദന്ദി പഞ്ചാഗ്നോ ഏജത് നരണയോടുകൂടി ഇന്നത്തെ ചർച്ച അവസാനിക്കുകയാണ്